പാർത്ഥസാരേണി ശുഭാങ്കിരം പാർത്ത്യ ആർത്തിഹരോ ദഹമൂർത്തിനപവിത്രമാല പ്രദോഷസമയം ശിവസാന്നിധ്യം പ്രദോഷം എന്നുവച്ചാൽ പ്ര എന്നുള്ള ഉപസർഗം ദോഷം ദോഷം എന്ന് വെച്ചാൽ രാത്രി പ്രഭാതം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള സമയം ദോഷന്ന് വെച്ചാൽ രാത്രി രാത്രിക്ക് മുമ്പുള്ള സമയമാണ് പ്രദോഷകാലം അതുകൊണ്ട് പ്ര നമ്മളിപ്പോ പ്രീ ഡിഗ്രി എന്ന് പറയണം ഈ പ്രാ എന്നാണ് ഈ പ്രീ എന്നുള്ള ഇംഗ്ലീഷ് വാക്ക് വന്നത് പ്രദോഷം എന്നുള്ളത് ദോഷത്തിന് മുമ്പുള്ള സമയം പ്രാക്ക് എന്നുള്ളത് അതുപോലെ രാത്രിക്ക് മുമ്പുള്ള സമയം പകൽ കഴിഞ്ഞിട്ടുള്ള സമയം ആ സമയത്ത് പ്രത്യേകിച്ച് ഉള്ള ശിവപ്രസാദം ഉണ്ട് നമ്മളുടെ അനുഭൂതിമണ്ഡലത്തിൽ ഒരു പ്രദോഷമുണ്ട് നിത്യപ്രദോഷമാണ് അനുഭൂതിമണ്ഡലത്തിൽ ഒരു പ്രദോഷമുണ്ട് രണ്ട് ചിത്തവൃത്തികൾക്ക് നടുവിൽ ഉള്ള ഗ്യാപ്പ് സൂര്യൻ ഉദിക്കുന്നതിനും അസ്തമിക്കുന്നതിനും മുമ്പ് സൂര്യൻ അസ്തമിക്കുന്നതിനും രാത്രിയാവുന്നതിനും മുമ്പ് ഉള്ള സന്ധ്യാകാലം എപ്പോഴും സന്ധ്യ വളരെ പ്രധാനം എന്താന്ന് വെച്ചാൽ ഇതങ്ങോട് പോയി അതിങ്ങോട്ട് വന്നിട്ടില്ല എന്റെയും നടുക്ക് ഉള്ള സമയം പോലെ നമ്മളുടെ അനുഭൂതി മണ്ഡലത്തിലും ഒരു ചിത്തവൃത്തി കഴിഞ്ഞു അടുത്ത ചിത്തവൃത്തി വരാൻ പോകും ചിത്തവൃത്തികൾ കണ്ടിന്യൂസ് ആയിട്ട് വരണില്ല ഒരു ചിത്തവൃത്തി പൂർണമായും ഒടുങ്ങിയിട്ടാണ് മറ്റൊരു ചിത്തവൃത്തി പൊന്തണത് ഒരാള് അറുപ്പിശുക്കനായ ഒരാള് വീട്ടിലിരിക്കുന്നു എന്ന് വെച്ചാൽ ഉമരത്തൊരു ഒരു ഭിക്ഷകാരൻ വന്ന് യാചിക്കുന്നു വരെന്നും തരൂ ഏ ഇവിടെ ഒന്നുമില്ല ഒരു പണിയും ചെയ്യാതെ നടക്കണു പോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു അടുത്ത ക്ഷണം അയാളുടെ കുട്ടി അവിടെ വരുന്നു എടുത്ത് ലാളിക്കാണ് അപ്പൊ ഈ ദേഷ്യപ്പെട്ട വൃത്തി പൊന്തി അസ്തമിച്ച് അടുത്ത ക്ഷണം അതേ സോഴ്സിൽ നിന്നും സ്നേഹത്തിന്റെ ഒരു വൃത്തി പൊന്തുന്നു അപ്പോൾ ഒരു വൃത്തി കഴിഞ്ഞ് അടുത്ത വൃത്തി വരുന്നതിന് ആ നിശ്ചലതയാണ് ശിവസ്വരൂപം ആ നിശ്ചലതയാണ് പ്രദോഷകാലം അത് നമ്മളുടെ ഉള്ളിൽ പുറമേക്കുള്ള ഈ പ്രദോഷകാലത്തിനെ ആശ്രയിച്ചുകൊണ്ട് അകമേക്കുള്ള ശിവധ്യാനം ചെയ്യണം ശിവനെ ഹൃദയത്തിൽ കണ്ടെത്തണം ശിവൻ പലയിടത്തിലും ഇരുന്നു നോക്കി എന്നാണ് കൈലാസത്തിലിരുന്നു ആരും പോകുന്നില്ല മെനക്കെട്ട് പോയാലോ അവിടെ വേറെ എന്തൊക്കെയോ കണ്ടിട്ട് വരണം ദിവ്യക്ഷേത്രങ്ങളിൽ ഇരുന്നാലും അവിടെയും സാധിക്കണില്ല അത്ര ശിവദർശനം അപ്പൊ ഭഗവാൻ കരുണ കൊണ്ട് ഒരു സ്ഥലം കണ്ടുപിടിച്ചു എല്ലാരെയും കാണണം അത്ര അദ്ദേഹത്തിന് അതാണ് ശ്മശാനത്തിലിരുന്നത് എന്നാണ് ശ്മശാനത്തിൽ ഇരുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാ ദിവസവും എല്ലാരും ഒരിക്കലും അല്ലെങ്കിൽ ഒരിക്കലും അവിടെ പോണല്ലോ അപ്പൊ ഏതായാലും ശ്മശാനം ഏതാ നമ്മളുടെ ഹൃദയം തന്നെ ശ്മശാനം സകല വാസനകളും അസ്തമിച്ച് ശ്മശാനത്തിൽ ചിത്തവൃത്തികൾ ഇല്ലാത്ത സ്ഥലത്ത് ശിവൻ അനുഭവപ്പെടും ശിവൻ സദാ നമ്മളുടെ ഉള്ളിൽ നർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രദോഷകാലത്തിൽ ശിവൻ നർത്തനം ചെയ്യും അപ്പോ ദേവന്മാരൊക്കെ ശിവനെ ആരാധിക്കും ദേവന്മാരെന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളൊക്കെ ദേവതകളാണ് നമ്മളുടെ ശരീരത്തിൽ ഇന്ദ്രിയങ്ങളൊക്കെ ദേവതകളാണ് മനസ്സ് ദേവതയാണ് ഇതൊക്കെ തന്നെ ചിത്തവൃത്തിശൂന്യമായ സ്ഥിതിയിൽ നർത്തനം ചെയ്യുന്ന ശിവനെ ആരാധിക്കണം ആ ശിവൻ എങ്ങനെ നർത്തനം ചെയ്യുന്നു എന്ന് വെച്ചാൽ ദക്ഷിണാമൂർത്തി സ്ത്രോത്രത്തിൽ ആചാര്യസ്വാമികൾ പറയുന്നു ശിവനർത്തനത്തിനെക്കുറിച്ച് ബാല്യാദിഷി ജഗ്രതാതിഷു താ സർവാസു അവസ്വു വ്യവൃത്തസു അനുവർത്തമാനം അന്തസ്ഫുരന്ത സദാ സ്വാത്മാനം പ്രകടീകരോതി ഭജതം യോ ഭദ്രയാദ്രയാ തസ്മൈ ശ്രീഗുരുമൂർത്തമീദക്ഷിണമൂർത്തിമൂർത്തി നമസ്കാരം ആ ദക്ഷിണാമൂർത്തി എങ്ങനെ ഇരിക്കണോ ചിത്രം വടത്തരോർമൂലെ വൃദ്ധാശിഷ്യ ഗുരുവുവാ അതെല്ലാവർക്കും അറിയാം ഇവിടെ ദക്ഷിണാമൂർത്തിയുടെ മറ്റൊരു സ്വരൂപമാണ് പറയുന്നത് മുതലായിട്ടുള്ള അവസ്ഥകൾ എന്നുവെച്ചാൽ ശൈശവം ബാല്യം കൌമാരം യൗവനം വാർദ്ധക്യം എത്ര അവസ്ഥകൾ മാറി മാറി മാറി വന്നിരിക്കണോ നമുക്ക് പക്ഷെ ഈ അവസ്ഥകളൊക്കെ മാറി മാറി വരുമ്പോഴും അനുവർത്തമാനം ഒരു മാറ്റവും കൂടാതെ വ്യാവൃത്താസു അനുവർത്തമാനം വ്യാവൃത്താസു എന്ന് വെച്ചാൽ വ്യാവർത്തനം മാറ്റം അനുവർത്തമാനം എന്ന് വെച്ചാൽ ദാറ്റ് വിച്ച് കണ്ടിന്യൂസ് വിത്തൌട്ട് എനി ചേഞ്ച് മാറ്റം കൂടാതെ പിന്തുടരുന്നത് ം കൗമാരം യൗവനം വാർദ്ധക്യം ഇതൊക്കെ മാറി വരുമ്പോഴും തൊണ്ണൂറ് വയസ്സ് ആയ ഒരാള് രണ്ടു വയസ്സ് ഒരു കുട്ടിയുടെ ഫോട്ടോ കാണിച്ച് ഇതെന്റെ ഫോട്ടോ ആണ് എന്ന് പറയുമ്പോ അനുവർത്തമാനം ഏതോ ഒന്നും മാറാതെ നിക്കണം ആ ശരീരമൊക്കെ മാറി ആ ശരീരം ഇപ്പൊ ഇല്ല ബാല്യശരീരം ഇപ്പൊ ഇല്ല ഇപ്പൊ വൃദ്ധശരീരമാണ് പക്ഷെ അതേ ഞാനാണ് ഇപ്പോഴും ഉള്ളത് ആ രണ്ടു വയസ്സിൽ ഏത് ശരി ഞാനുണ്ടോ ആ ഞാൻ തന്നെയാണ് ഇപ്പോ തൊണ്ണൂറ് വയസ്സിൽ ഇരിക്കുന്നത് സംശയമില്ലേ അദ്ദേഹത്തിന് അതേമാതിരി ജാഗ്രത് സ്വപ്നം സുഷുപ്തി അതാണ് ജാഗ്രതാദിഷൂം ജാഗ്രത് എന്ന് ഉണർന്നിരിക്കുന്ന അവസ്ഥ കാണുക കേൾക്കുക മണക്കുക രുചിക്കുക പ്രവർത്തിക്കുക ഇതൊക്കെ ചെയ്യുന്ന അവസ്ഥയെ നമ്മള് ജാഗ്രത് എന്ന് പറയുന്നു നമുക്ക് മൂന്നവസ്ഥകളുണ്ട് വെസ്റ്റേൺ ഫിലോസഫി ഒക്കെ പരമസത്യം കണ്ടെത്തുന്നതിൽ പരാജയപ്പെടാൻ കാരണം ഈ ഉണർന്നിരിക്കുന്ന ഒരേ ഒരു അവസ്ഥയെ വെച്ചുകൊണ്ട് തന്നെ അവരെല്ലാരും വിചാരണം ചെയ്തു അതുകൊണ്ട് എത്ര മുട്ടിയാലും സത്യം തുറക്കണില്ല യേശു പറഞ്ഞു മുട്ടുവിൻ തുറക്കപ്പെടും അത് മുട്ടേണ്ടത് രണ്ട് വാതിൽ മൂന്ന് വാതിൽ തുറക്കണം മൂന്ന് വാതിലും മുട്ടണം അതേപോലെ ജാഗ്രതാദിഷു ജാഗ്രത എന്നുള്ള അവസ്ഥ ഉണർന്നിരിക്കുന്ന അവസ്ഥ ഇത് മാത്രമല്ലല്ലോ നമ്മളുടെ അവസ്ഥ അത് നമ്മളുടെ ജീവിതത്തിൽ പകുതിയെ ആയുള്ളൂ പ്രഹ്ലാദൻ പറയണു ഭാഗവതത്തില് ഒരു മനുഷ്യന് നൂറ് വയസ്സ് ആയുസ് ഏകദേശം ഒരു അമ്പത് വയസ്സ് ഉറങ്ങിയിട്ടേ പോകും ഉറക്കം എന്നൊരവസ്ഥ കൊണ്ട് ഉറക്കത്തിൽ രണ്ടംശം ഒന്ന് സ്വപ്നം ഒന്ന് സ്വപ്നം കാണാതെയുള്ള ഉറക്കം ഈ മൂന്ന് സ്റ്റേറ്റ്സ് അവസ്ഥകൾ നമുക്കുണ്ട് ജാഗ്രത് സ്വപ്നം സുഷുപ്തി ജാഗ്രത അവസ്ഥയിൽ ഞാൻ ശരീരമായിട്ടിരിക്കുന്നു മറ്റു ശരീരങ്ങളെയൊക്കെ കാണുന്നു വ്യവഹരിക്കുന്നു ഈ ജാഗ്രത കഴിഞ്ഞ് രാത്രി കടക്കാൻ പോകുമ്പോൾ മനസ്സ് പതുക്കെ അല്പമൊന്നു ഉള്ളിലേക്ക് കൂമ്പും മനസ്സ് അല്പമൊന്ന് കൂമ്പുമ്പോ അകമേ സ്വപ്നം കാണുന്നു സ്വപ്നത്തിലും ജാഗ്രതത്തിൽ കാണുന്ന എല്ലാ വിഷയങ്ങളും സ്വപ്നത്തിലും അതേ ഇന്റൻസിറ്റിയോടുകൂടെ കാണുന്നു ആ സമയത്ത് ആരെങ്കിലും ഒക്കെ വന്ന് ഇത് വെറും സ്വപ്നമാണെന്ന് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല അപ്പൊ സ്വപ്നം പിന്നെ സുഖമായി ഉറങ്ങുന്ന സുഷുപ്തി സുഷുപ്തിയിൽ മനസ്സ് പ്രവർത്തിക്കണില്ല ഞാൻ എന്നുള്ള ഈ വ്യക്തിബോധമില്ല സമയം അറിയണില്ല എവിടെ കിടക്കണു ഒരു വ്യത്യാസവും ഇല്ല അല്ലെ പാലക്കാട് കിടന്നാലും ശരി ഇപ്പൊ എറണാകുളത്ത് കിടന്നാലും ശരി അല്ലാതെ ഞാൻ തിരുവണ്ണാമലയിൽ കിടന്നാലും ശരി അമേരിക്കയിൽ പോയി കിടന്നാലും ശരി എവിടെ പോയാലും ഉറങ്ങിക്കഴിഞ്ഞാൽ ആ സ്ഥലഭേദങ്ങളൊക്കെ കഴിഞ്ഞു ഉറക്കത്തിന്റെ ടേസ്റ്റ് എല്ലാവർക്കും ഒരേപോലെ അതുകൊണ്ട് ആ ഷേക്സ്പിയറോ ആരോ പറഞ്ഞിട്ടുണ്ടോ അത്രേ ദ ഗ്രേറ്റ് ലെവലർ എന്നാണ് എല്ലാവരെയും സമമാക്കുന്നത് ഉറക്കം അത് ചക്രവർത്തി ആയാലും ശരി പരമദരിദ്രനായാലും ശരി റോട്ടിൽ കിടന്നത് ചിലപ്പോഴൊക്കെ തമിഴ്നാട്ടിൽ ധാരാളം കാണാം ഇവിടെ അങ്ങനെ കാണില്ല നടു റോട്ടിലൊക്കെ കിടന്നുറങ്ങും രാത്രി സമയത്തും ഉറങ്ങുന്നത് കണ്ടാൽ നമുക്ക് ആശ്ചര്യം തോന്നും ഒരാൾ എ സി റൂമിൽ ബെഡിൽ എങ്ങനെ കിടന്നുറങ്ങും അതേപോലെ തന്നെ ഒന്നും വ്യത്യാസമൊന്നുമില്ല ഉറങ്ങിക്കഴിഞ്ഞാൽ രണ്ടുപേരുടെ അവസ്ഥ ഒരേപോലെ ബാക്കി വ്യത്യാസമൊക്കെ ഈ മനസ്സ് പൊന്തുപോഴേ ഉള്ളൂ മനസ്സ് ഉറങ്ങുന്ന വേദരേ ഉള്ളൂ കൊതുക് കടിക്കലും കറണ്ടുണ്ടോ ഇല്ലയോ എന്നുള്ള ഭേദമൊക്കെ അതുവരെ ഉള്ളു ഉറങ്ങിക്കഴിയുമ്പോൾ ശരീരത്തിനെ അങ്ങോട്ട് മറന്നു എന്റെ വ്യക്തിബോധത്തിനെ തന്നെ ഉപേക്ഷിച്ച് സുഖമായിട്ടുള്ള ഉറക്കം ഉറക്കത്തിൽ ഒരു ഭേദമില്ല ഉപനിഷത്ത് പറയുന്നു രാജാ അരാജാതി മാതാ അമാവതി പിതാ അപിതാഭവത്തി അച്ഛൻ അച്ഛനല്ലാതെ ആവുന്നു അമ്മ അമ്മ അല്ലാതെ ആവുന്നു സ്ത്രീ സ്ത്രീ അല്ലാതെ ആവുന്നു പുരുഷൻ പുരുഷൻ അല്ലാതെയാവുന്നു ഒരു വൈഷ്ണവനും ശൈവനും കൂടെ ശണ്ടകൂടി അത്ര ശിവനാണ് വലുത് രണ്ടുപേരും അടിബഹളം രണ്ടുപേരും എന്നിട്ട് രാത്രിയായപ്പോൾ അടുത്തൊരു സത്രത്തില് രണ്ടുപേരും അറിയാതെ ഒരേ സത്രത്തിൽ മുറിയെടുത്തു എല്ലാവരും നീണ്ടു കിടക്കുന്ന സത്രം അവിടെ കിടന്നു ചെന്ന് കിടന്നപ്പോ അടുത്തെടുത്ത് കിടക്കുന്നവരെ അറിഞ്ഞില്ല ഒരാൾ ഒരാളുടെ മേലെ കാലിട്ടിട്ട് പരമസ്നേഹത്തോടെ കിടക്കണത്രേ ഇത് കണ്ട് ശിവവാക്യർ എന്നുള്ള സിദ്ധൻ അടുത്ത ദിവസം ഇവരോട് പറയാണ് വൈണവനും ശൈവനും കുരട്ടവിട്ട് തൂങ്കയിൽ ഈ വൈഷ്ണവനും ശൈവനും കൂർക്കം വലിച്ചു ഉറങ്ങുമ്പോ നിങ്ങളുടെ ശിവൻ എവിടെ പോയി വിഷ്ണു എവിടെ പോയി ചോദിക്കാതെ ഈ ഭേദമൊക്കെ എവിടെ പോയി എന്റെ ഞാൻ എന്ന് പൊന്തിയോ അപ്പൊ തുടങ്ങി എന്റെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇത് ഇഷ്ടപ്പെടാത്തത് അത് ഒക്കെ മനസ്സ് പൊന്തുമ്പോ സകലഭേദത്തോടുകൂടിയും വിശ്വം പൊന്തി മനസ്സിൽ ലയിച്ചപ്പോഴോ സകല ഭേദങ്ങളും പോയി ഈ വ്യക്തിബോധം തന്നെ അവിടെ ചെന്ന് ലയിച്ചു അപ്പൊ വ്യക്തിബോധത്തിനും അഹങ്കാരത്തിനും ഒക്കെ മനസ്സിലെ സ്ഥാനമുള്ളു മനസിന്റെ ഉള്ളിലാണ് സ്ഥാനം മനസ്സ് ലയിക്കുന്നു സുഷുപ്തിയിൽ ലയം സുഷുപ്തിയിൽ അതുകൊണ്ട് പൂർണമായ ഒരു സുഖം ഒരു ജ്ഞാനം ആവിർഭവിക്കുന്നില്ല കാരണം എന്താന്ന് വെച്ചാൽ സുഷുപ്തിയിൽ ഒരു ഒരു മറവുണ്ട് ലയിച്ചു കിടക്കുകയാണ് ജ്ഞാനാനുഭവം കരണം മനസ്സ് ശരീരം ഇതൊക്കെ ലയിക്കുന്നത് ജ്ഞാനാനുഭവം ഉണ്ടാവില്ല ഇതൊന്നും ഞാനല്ല എന്ന് അറിയണത് ജ്ഞാനാനുഭവം ഉണ്ടാവുള്ളൂ ഞാൻ എന്നുള്ള ബോധം ഇതിൽ നിന്നും വേർപിരിഞ്ഞ് പ്രകാശിക്കുന്നതുകൊണ്ടേ ഞാൻ അനുഭവം ഉണ്ടാവുള്ളൂ അത് ജാഗ്രത അവസ്ഥയിൽ തന്നെ ചെയ്യണം പക്ഷേ ജാഗ്രത് സ്വപ്നം സുഷുപ്തി ഈ മൂന്ന് അവസ്ഥകളെയും നമ്മൾ വിചാരം ചെയ്ത് നോക്കുമ്പോൾ സുവ്യക്തമായിട്ട് നമുക്ക് സത്യം അല്പം തെളിഞ്ഞു കിട്ടും ജാഗ്രത ശരീരമുണ്ട് മനസ്സ് പ്രവർത്തിക്കണു ഞാനുണ്ട് ഞാൻ ജീവനോടെ ഇരിക്കണു ഞാൻ ഉണ്ട് എന്ന് അനുഭവിക്കണം സ്വപ്നത്തിൽ ശരീരമില്ല മനസ്സു മാത്രം പ്രവർത്തിക്കണു അപ്പോഴും ഞാനുണ്ട് സുഷുപ്തിയിൽ സുഖമായി ഉറങ്ങുന്ന സുഷുപ്തിയിൽ ശരീരവും ഇല്ല മനസ്സും പ്രവർത്തിക്കണില്ല ഞാനെന്ന് പറയണേ ഈ വ്യക്തിരൂപത്തിലുള്ള അഹങ്കാരവും അവിടെ പ്രവർത്തിക്കണില്ല എന്നിട്ടും ഞാനുണ്ട് സുഖമായി ഉറങ്ങി എന്ന് നേരം വിളിച്ചാവുമ്പോ പറയണു എന്തൊരു സുഖം എല്ലാവരും ഇഷ്ടപ്പെടുന്ന സുഖം രമണ മഹർഷിയോട് ഒരു ഭക്തൻ പറഞ്ഞു മരണത്തിന് എല്ലാവർക്കും ഭയമാണ് എന്ന് പറഞ്ഞപ്പോ മഹർഷി പറഞ്ഞു അത് നിങ്ങൾക്ക് അറിയാതെയാണ് മരണത്തിന് എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ മരണം എന്താണെന്ന് അറിയാത്തത് നിങ്ങൾ ഭയപ്പെടുന്നത് അയ്യോ ഭഗവാനേ മരണത്തിൽ ഞാനില്ലാതാവില്ലേ എന്ന് പറഞ്ഞു അപ്പൊ മഹർഷി പറഞ്ഞു അതിനല്ലേ ഏയ് ദിവസം രാത്രി വിരിച്ച് നിർത്തിയില്ലെങ്കിൽ ഒരു ഗുളിക ഒക്കെ കഴിച്ചിട്ടെങ്കിലുമൊക്കെ കിടക്കണോ കുറച്ചു നേരം ഈ വ്യക്തി രൂപത്തിലുള്ള ഞാൻ ഇല്ലാതാവാൻ അഹങ്കാര രൂപത്തിലുള്ള ഞാൻ ഇല്ലാതാവുമ്പോൾ എന്തൊരു സുഖം അഹങ്കാര രൂപത്തിലുള്ള ഞാനിനെ മാറ്റി വെക്കാനായിട്ടാണല്ലോ ഈ ഉറക്കം ഭഗവാൻ നമുക്ക് ദിവസം തന്നിരിക്കുന്നത് അവിടെ കുറച്ചുനേരം സുഖമായി ഇരുന്നിട്ട് രാവിലെ വീണ്ടും അഹങ്കാരും പൊത്തും അപ്പൊ സുഷുപ്തിയിൽ ശരീരവും വ്യക്തിത്വവും ഇല്ലാത്ത ഒരു അവസ്ഥയെ നമ്മൾ ദിവസം അനുഭവിക്കണം നമുക്ക് ഭഗവാൻ നിർവ്വാണത്തിന്റെ അഥവാ സ്ഥിതപ്രജ്ഞത്വത്തിന്റെ അഥവാ ആത്മസാക്ഷാത്കാരത്തിന്റെ ഒരു ചെറിയ ടേസ്റ്റ് നമുക്ക് സുഷുപ്തിയിൽ തരാ നമുക്കത് ദിവസം ഉറങ്ങി എഴുന്നേറ്റ ഉടനെ ഒരു പ്ലാ എഴുതി വെച്ചുകൊള്ളു അടുത്ത് ഉറങ്ങി എഴുന്നേറ്റ ഉടനെ മറന്നുപോവാതെ പായിൽ എഴുന്നുകൊണ്ട് അല്പമൊന്നും വിചാരം ചെയ്തു നോക്ക ഒരു അരമണിക്കൂർ മുമ്പ് ഞാൻ എങ്ങനെ ഇരുന്നു ഇപ്പൊ ചോദിച്ചാ പറയും ഞാൻ വെളുത്തിട്ടാണ് കറുത്തിട്ടാണ് ബ്രാഹ്മണനാണ് മുസ്ലിമാണ് ക്രിസ്ത്യാനിയാണ് സ്ത്രീയാണ് പുരുഷനാണ് എന്തെങ്കിലുമൊക്കെ ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ പഠിച്ച ആളാണ് നല്ല ആളാണ് എനിക്ക് ദേഷ്യം വരില്ല എന്തെങ്കിലും ഐഡന്റിഫിക്കേഷൻ നമ്മൾ വെക്കും പക്ഷെ ഒരു ഐഡന്റിഫിക്കേഷനും വയ്ക്കാൻ കഴിയാത്ത ഒരു അനുഭവത്തില് നമുക്ക് ദിവസം അതിന്റെ ടേസ്റ്റ് നമുക്ക് കിട്ടണുണ്ട് അത് നമുക്ക് പതുക്കെ പതുക്കെ ബോധമണ്ഡലത്തിൽ കൊണ്ടുവരാൻ ഒരു സാധനമാണ് പറഞ്ഞ ദിവസം ഉറങ്ങി എഴുന്നേറ്റോടനെ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരമണിക്കൂർ മുമ്പ് ഞാൻ എങ്ങനെയിരുന്നു ഒരു കുറച്ച് ദിവസം ശ്രമിക്കുക ബുദ്ധി എങ്ങനെ പുറകെ ഇട്ടാൽ നമുക്ക് പതുക്കെ അതിന്റെ സ്മൃതി കിട്ടും അത് നിദ്രയിൽ നമ്മൾ ഉണ്ടായിരുന്ന ഒരവസ്ഥ അവിടെ ശരീരത്തിന്റെ അനുഭവമില്ല അവിടെ മനസ്സിന്റെ അനുഭവമില്ല അവിടെ ഞാൻ ഒരു സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ മീ എൻ അതിന്റെ അനുഭവമില്ല എന്നിട്ടും പരമസുഖം അതും പ്രത്യേകിച്ച് നല്ല ഉറക്കത്തിൽ നിന്നും പെട്ടെന്ന് ആരെങ്കിലും എണീപ്പിച്ചു വിട്ടാൽ ആ ടേസ്റ്റ് നല്ലവണ്ണം അറിയാം ആ വ്യക്തിത്വം ഇല്ലാത്ത സ്ഥിതിയും പിന്നെ വ്യക്തിത്വത്തിലേക്ക് പൊന്തി വരണ സ്ഥിതിയും രണ്ടും കാണാം ഇത് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ആചാര്യസ്വാമികൾ പ്രാതസ്മരണ സ്ത്രോത്രം എഴുതിയിരിക്കണം പ്രാതസ്മരാമി ഹൃദി സംസ്ഫുര ആത്മതത്വം സച്ചിത് സുഖം പരമഹംസഗതി യപന ജാഗര സുഷുപ്തി അവതിനിത്യം തദ്കളമഹം നൂതസംഘ രാവിലെ എഴുന്നേറ്റോടനെ ഈ ശ്ലോകത്തിനെ ഒന്ന് വിചാരിച്ചു നോക്കണം കാണാതെ പറഞ്ഞാൽ പോരാട്ടോ പ്രാതസ്മരാമി രാവിലെ എഴുന്നേറ്റ് ഞാൻ സ്മരിക്കുന്നു എന്നാണ് ഹൃദി സംസ്ഫുരത്മതത്വം എന്തിനെ സ്മരിക്കുന്നു ഹൃദയത്തിൽ സ്ഫുരിക്കുന്നതായ ആത്മതത്വം അതെങ്ങനെ സ്ഫുരിക്കുന്നു ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവ രൂപത്തിൽ ആ അനുഭവത്തിന്റെ കേന്ദ്രത്തിൽ നിന്നും ഞാൻ എന്ന വ്യക്തിബോധം പൊന്തു അതാണ് അതിന്റെ സ്ഫുരണം അത് പൊന്തിയിട്ട് ക്ഷണനേരങ്ങൾക്കകം ശരീരം മനസ്സ് മുതലായിട്ടുള്ള കരണങ്ങളുമായിട്ട് ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ഒരു വ്യക്തിയായിട്ട് പുറമേക്ക് കാണുന്നു ഇപ്പൊ തിരിച്ചെന്ത് ചെയ്യുന്നു ആ ഞാനിനെ എവിടെ ഉദിച്ചുവോ അങ്ങോട്ട് തിരിച്ചു എവിടുന്നോ ഞാൻ പൊന്തി വന്ന് കുടുങ്ങിയിട്ടുണ്ട് രമണ മഹർഷി ഇതിനൊരു ഉദാഹരണം ഒരുക്കി പറഞ്ഞു മഹർഷിയുടെ അടുത്ത് ഒരു ചിമ്മിനി ഉണ്ടായിരുന്നു വിളക്ക് അടച്ചു വെക്കാനായിട്ടുള്ള ചിമ്മിനി ആ ചിമ്മിനിയുടെ ചുവട്ടിലൊരു ദ്വാരം മുകളിൽ വശങ്ങളിലൊന്നും ദ്വാരമില്ല ഗ്ലാസ് ഉണ്ട് അപ്പൊ ഈ ദ്വാരത്തിലൂടെ ഒരു കുരുവി ഒരു പക്ഷി ഈ ചിമ്മിനിയുടെ അകത്തേക്ക് കടന്നു ഇപ്പൊ ഈ പക്ഷി അതിനകത്ത് കുടുങ്ങി ഈ പക്ഷിക്ക് പുറത്ത് വരാൻ കഴിയാതെ ചിറകിട്ട് അടച്ച് അതിന് നാച്ചുറൽ ടെൻഡൻസി എന്താണ് മേലോട്ട് പറക്കുക അത് മേലോട്ട് പറന്ന് പുറത്ത് ആ ഗ്ലാസിന്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വരാൻ നോക്കുകയാണ് അതിന് പറ്റുന്നില്ല പക്ഷെ അത് എന്ത് പറ്റി അതിന് വന്ന ദ്വാരം മറന്നു ഏത് ദ്വാരത്തിലൂടെ ഉള്ളിലേക്ക് കടന്നുവോ അത് മറന്നതുകൊണ്ട് അതിന് പുറത്തു വരാനേ കഴിയണില്ല ഈ ചിമ്മിനിയിൽ കുടുങ്ങിയ പക്ഷിയെ കാണിച്ചിട്ട് മഹർഷി പറഞ്ഞു നമ്മളുടെ സ്ഥിതിയും ഹൃദയത്തിൽ ഏതോ ദ്വാരത്തിലൂടെ ഈ അഹങ്കാരം പൊന്തി ശരീരാദികളുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് ഞാൻ ഈ ദേഹമാണ് എന്ന് പറയുന്നു ജാനാമീതി പ്രവൃത്തത ഞാൻ ഈ ശരീരത്തിനെ അറിയുന്നു ഈ ശരീരം ഞാനാണെന്ന് പറയുന്നു പക്ഷെ ഈ വന്ന ദ്വാരം മറന്നുപോയിട്ട് ഈ പക്ഷി ഗ്ലാസ്സില് ഇല്ലാത്ത ദ്വാരത്തിലൂടെ പുറത്തു വരാൻ ശ്രമിക്കണോ അതിന് പറ്റണില്ല അതേപോലെ നമ്മളും ഇല്ലാത്ത ദ്വാരത്തിലൂടെ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ് ഇന്ദ്രിയങ്ങളിലൂടെയും വായിലൂടെയും ചെവിയിലൂടെയും കണ്ണിലൂടെയും പുറത്തു വരാൻ ശ്രമിച്ച് അനന്തതയിലേക്ക് അന്വേഷിച്ച് അന്വേഷിച്ച് പോയിട്ടും സ്വാതന്ത്ര്യം കിട്ടണില്ല ഇല്ലാത്ത ദ്വാരമാണ് ഇല്ലാത്ത ദ്വാരത്തിലൂടെയാണ് ഈ വരാനുള്ള ശ്രമം ആ ദ്വാരം എവിടെ ദ്വാരം വന്ന ദ്വാരം എവിടെ ഹൃദയത്തില് ഹൃദയ സുഷിരം ാരായണ സൂക്തത്തിൽ ഹൃദയത്തിൽ സുഷീരം എന്ന് പറയുന്നു തസ്വിൻ സർവം പ്രതിഷ്ഠിതം അതിലെല്ലാം പ്രതിഷ്ഠിതം അതിന്റെ ഉള്ളിൽ നിന്ന് വിശ്വം മുഴുവൻ പൊന്തി വരുന്നു അത് നമുക്ക് ദിവസം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ നമ്മൾ ദിവസം കാണുന്നു ഒരു അവ്യക്തമായ സുഖാനുഭവത്തിൽ നിന്നും ഒരു വ്യക്തിബോധം പതുക്കെ പൊന്തുണു ഈ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്ന ആ അനുഭവത്തിനെ നല്ലവണ്ണം ശ്രദ്ധിക്കുന്നവർക്ക് ധ്യാനയോഗം സാധ്യമാവുകയുള്ളൂ അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ നമുക്ക് ശരീരമല്ലാതെ ഒരു അസ്തിത്വം ഉണ്ട് എന്നുള്ളതിന്റെ ടേസ്റ്റ് ഒരു രുചി എല്ലാവർക്കും ഭഗവാൻ ഒരാളെയും ഇതിൽ താഴ്ന്ന പടിയിലേ വെച്ചില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് വേദാന്തം പറ്റുമോ ഒന്നും ചോദിക്കേ വേണ്ട എല്ലാവർക്കും ഉറക്കം ഭഗവാൻ തന്നിട്ടുണ്ടല്ലോ ഉറങ്ങുമ്പോൾ നമ്മളുടെ ശരീരമില്ലാത്ത ഒരു അവസ്ഥയുടെ ടേസ്റ്റ് നമ്മൾ അനുഭവിക്കണമുണ്ട് വ്യക്തിത്വമില്ലാത്ത ഒരു സ്ഥിതിയെ നമ്മൾ അനുഭവിക്കുന്നു ഒരു ഭേദവുമില്ലാത്ത ഒരു സ്ഥിതിയെ അനുഭവിക്കുന്നു ആ ടേസ്റ്റ് മാത്രം കുറച്ച് കൂടുതൽ കുറവ് അവിടെ കൂടുതൽ കുറവ് ചെയ്യിക്കാൻ ഒരാൾക്ക് സാധ്യവുമല്ല അല്ലേ ശ്രമിച്ചിട്ട് ഉറങ്ങാൻ പറ്റുമോ ശ്രമിക്കുന്നിടത്തോളം ഉറങ്ങാൻ പറ്റില്ല അല്ലേ ഉറക്കം നാച്ചുറലായിട്ട് നമുക്ക് വരണം എത്ര നേരം നമ്മൾ ശ്രമിക്കണോ അത്ര നേരം ഉറങ്ങാൻ പറ്റില്ല എന്താ ഈ ശ്രമിക്കണവൻ അവിടെ ഉള്ളത്തോളം ഉറക്കാൻ പറ്റില്ല ആ ശ്രമിക്കണവൻ ഇല്ലാതാവുമ്പോഴാണ് നിദ്ര നമ്മളെ അനുഗ്രഹിക്കുന്നത് നിദ്ര നിദ്രാനുഭവം ഉണ്ടാവുന്നത് ഇപ്പൊ നിദ്രയിൽ ബൃഹദാരുണ്യ ഗോപനിഷത്തിൽ നിദ്രയിലേക്ക് പോയി ജാഗ്രത്തിലേക്ക് വരുന്ന ഈ ജീവനെ ഉപമിക്കണത് ഒരു മഹാമത്സ്യത്തോടതാണ് ഈ മഹാമത്സ്യം ഒരു നദിയുടെ ആ തീരത്തിലേക്കും ഈ തീരത്തിലേക്കും പോകുന്ന പോലെ ഈ ജീവാ ജീവൻ സുഷുപ്തി സുഷുപ്തിയിൽ നിന്നും സ്വപ്നം ജാഗ്രത് ജാഗ്രത നിന്നും സ്വപ്നം സുഷുപ്തി ഇങ്ങനെ ഒരു മഹാമത്സ്യത്തിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചലിച്ചുകൊണ്ടിരിക്കണമെന്ന് പക്ഷെ ആ സുഷുപ്തിയിൽ അനുഭവിക്കുന്ന നിർവിശേഷ സുഖം അതാണ് ശിവസ്വരൂപം അതാണ് ശിവസ്വരുന കാമ കാമയത്തെ നശ്യത്തിഷുപ്തം സുഷുപ്തസ്തേകീഭൂത പ്രജ്ഞാനഘനയേ വ്യാന്ദമയോ ആനന്ദഭുക് ചേത്തോ മുഖപ്രാജസ്തൃതീയ പാദ ഏഷോ എഷ യോനി പ്രഭവാപ്യയോ ഹി ഭൂത യേശ സർവേശ്വര ആ സുഷുപ്തിയിലുള്ള പ്രാജ്ഞനെ സർവേശ്വരൻ എന്ന് പറയുന്നു യേശ എന്താന്ന് വെച്ചാൽ ഈശ്വര സർവഭൂതാനാം ഹൃദയശേ അർജുന തിഷ്ഠതയും ആ ഹൃദയത്തിലാണ് മനസ്സ് ചെന്ന് ലയിക്കുന്നത് ഉറങ്ങുമ്പോ പക്ഷെ അറിഞ്ഞും കൊണ്ട് ആർക്കും ഉറങ്ങിയത് ഈശ്വര സാക്ഷാത്കാരം ഉണ്ടാവണില്ല ബോധപൂർവം ജാഗ്രതയിൽ വാസനാക്ഷയം ഉണ്ടായി ആ സത്യത്തിനെ അറിയണം പക്ഷെ അറിയാതെ ദിവസം ഈ മനസ്സ് അവിടെ ചെന്ന് ലയിക്കുന്നു അവിടുത്തെ അവസ്ഥ എന്താ എത്ര കഞ്ചന കാമം കാമേ കഞ്ചന സ്വപ്നം പശ്യത്തി അവിടെ ഒന്നും ആഗ്രഹിക്കുന്നില്ല ഒരു സ്വപ്നവും കാണുന്നില്ല ഒരാളെ ലോകത്തിലെ എല്ലാ സുഖ കൊടുക്കും ആഗ്രഹിക്കുന്നതെല്ലാം കൊടുത്തിട്ട് അയാളോട് പറയും ഒരേ ഒരു കണ്ടീഷനേ ഉള്ളൂ ഉറങ്ങാൻ പാടില്ല സ്വർണം കൊണ്ടുള്ള കട്ടിൽ തരാം സ്വർണം കൊണ്ടുള്ള ആസനം തരാം എന്ത് വിധത്തിലുള്ള ഊണ് വേണമെങ്കിലും തരാം എന്തൊക്കെ ഭോഗം അനുഭവിക്കണോ എല്ലാം തരാം ഒരേ കണ്ടീഷൻ ഇനി ഉറങ്ങാൻ പാടില്ല അയാള് അജ്ഞാനം കൊണ്ടുവേണമെങ്കിൽ ഒരു ദിവസം സമ്മതിക്കുമായിരിക്കും രണ്ടാമത്തെ ദിവസം എനിക്ക് ഒന്നും വേണ്ടാത്തി ഉറങ്ങിയാൽ മതി എന്ന് പറയും എന്താ ഉറക്കത്തിൽ അവിദ്യ കൊണ്ടല്ല ഉറക്കത്തിൽ നമ്മൾക്ക് ജ്ഞാനസ്ഥിതിയിൽ എന്തുണ്ടാവുന്നു അതേ സ്ഥിതി ബോധപൂർവം അല്ലാതെ ഇരിക്കണം അതാണ് ഒരേ വ്യത്യാസം ശരീരത്തിനെയും വ്യക്തിത്വത്തിനെയും മറന്ന് അതിലേക്ക് പോകുന്നു എന്നുവെച്ചാൽ അത് തന്നെ എന്ത് തെളിയിക്കുന്നു ഈ വ്യക്തിത്വം നമ്മളുടെ വാസ്തവമായ ഒരു സ്ഥിതിയല്ല ഈ വ്യക്തിത്വം നമുക്ക് വലിയൊരു ഭാരമാണ് അതുകൊണ്ടാണ് രാത്രി ഉറങ്ങുമ്പോൾ ഈ ഭാരം ഇറക്കി വെക്കുന്നത് ഒരു ആശ്വാസം വീണ്ടും അടുത്ത ദിവസം എടുക്കണം ആ ഭാരം ഇറക്കി വയ്ക്കുന്നതുകൊണ്ട് ഒരു ആശ്വാസം അതിനാണ് ഇവിടെ ശ്രുതി പറഞ്ഞത് എത്ര നാമം കാമയത്തെ ആ സ്ഥിതിക്ക് സുഷുപ്തി എന്ന് പറയുന്നു ഹ്യാനന്ദമയോ ആനന്ദ ബുക് അവിടെ ആനന്ദത്തിനെ അനുഭവിക്കുന്നു ചേത്തോമുഖ ചേതസ് അതിന് മുഖമാണെന്നാണ് വെച്ചാൽ അടുത്ത സ്റ്റെപ്പ് എന്താ മനസ്സ് വിരിയും അല്ലെ ചേത്തോമുഖ ൃതീയപാദ അവിടെ പ്രാജ്ഞൻ ഇരിക്കുന്നു ആ പ്രാജ്ഞന്റെ സ്വരൂപമാണ് പ്രജ്ഞ അതടുത്ത സ്റ്റെപ്പ് ആത്മസാക്ഷാത്കാരത്തിന് തുരീയസ്ഥിതിയായിട്ട് ശ്രുതി പറയുന്നു നന്തം നഹിഷ്പ്രജ്ഞം ന ഉഭയതഃപ്രജ്ഞം നപ്രജ്ഞം പ്രജ്ഞാനഘനയേ വഹി നഹിഷ്പ്രജ്ഞം അവിടെ എല്ലാത്തിനെയും നിഷേധിച്ച് പ്രപഞ്ചോപശമം ശാന്തം ഏകാത്മ പ്രപഞ്ചോപശമം ശാന്തം ശിവമദ്വൈതം ചതുർത്ഥം അവിടെ ശിവം എന്ന പദം പ്രയോഗിക്കും എല്ലാത്തിനും ആശ്രയമായ ഒരു അധിഷ്ഠാനം ഞാൻ ഉണ്ട് എന്നുള്ളൊരു അനുഭവം ആ അനുഭവത്തിലാണ് ജാഗ്രത അവസ്ഥയും സ്വപ്നാവസ്ഥയും സുഷുപ്തി അവസ്ഥയും മാറി മാറി മാറി മാറി ഏർപ്പെടുന്നു ഇതിലൊക്കെ മാറാതെ ഇരിക്കുന്നത് ഞാൻ അതാണ് ശങ്കരാചാര്യസ്വാമികൾ കാശിയിൽ വെച്ച് ചണ്ടാളരൂപത്തിൽ ശിവൻ മുമ്പിൽ വന്നു എന്നൊരു കഥയുണ്ടല്ലോ ആ കഥ ഉണ്മയാണോ കള്ളവാണോ എന്ന് അറിയില്ല എന്താന്ന് വെച്ചാൽ നമ്മുടെ ആളുകൾ കഥ ഉണ്ടാക്കാൻ ബഹുപിടുക്കം വരാണ് ആചാര്യസ്വാമിയുടെ മനീഷാ പഞ്ചകം കാണുമ്പോൾ അതിന് കഥയ്ക്കൊന്നും വകയില്ല ആ അഞ്ച് ശ്ലോകത്തിൽ ഈ തത്വം അറിഞ്ഞ ആള് ചണ്ടാളനാണെങ്കിലും ബ്രാഹ്മണനാണെങ്കിലും എനിക്ക് ഗുരുവാണെന്നേ പറഞ്ഞിട്ടുള്ളൂ ചിലപ്പോ അത് വെച്ചുകൊണ്ട് ഉണ്ടാക്കിയ കഥയും ആയിരിക്കാം ഈ ചണ്ടാളനായിട്ട് വന്നു അദ്ദേഹത്തിന് ഭേദ ശങ്കരനോട് ദ്വേഷം ഒരുപാട് ആളുകൾക്കുണ്ട് അപ്പൊ ചിലപ്പോ അങ്ങനെ ആയിരിക്കാം പറയാൻ വയ്യ എന്താന്ന് വെച്ച കഥ ഉണ്ടാക്കുക എന്നുള്ളതിന് നമ്മുടെ ആളുകളെ വിട്ടിട്ടേ ബാക്കിയുള്ളൂ ജീവിച്ചിരിക്കുന്ന ആളുകളെ കുറിച്ചേ കഥ ഉണ്ടാക്കി കളക്കും പിന്നെ കുറെ കാലം കഴിഞ്ഞ ആളുകളെ കുറിച്ച് പറയണോ എന്നെ തന്നെ ചിലയിടത്തൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ബഹുരസമാണ് ഒരിടത്ത് ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്റെ കഥ അദ്ദേഹം പറയാണ് അതിൽ ഒരു ഇൻസിഡന്റ് പോലും എന്റെ ജീവിതത്തിൽ നടന്നിട്ടില്ല എന്തൊക്കെയോ പറഞ്ഞു എല്ലാം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിനോട് അവസാനം ഞാൻ പറഞ്ഞു എനിക്കിതിരി എഴുതി തന്ന ആരെയും ചോദിച്ചാ സംഭവം സംബന്ധമില്ലാത്ത കാര്യം അപ്പോ പറയാൻ വയ്യ എന്തായാലും അതിൽ ആദ്യത്തെ ശ്ലോകത്തിൽ ആചാര്യർ പറയുന്നു ജാഗ്രത് സ്വപ്ന സുഷുപ്തി ുജംഭത്തെ ബ്രഹ്മാതി പിലി കാഷു പ്രോതാ ജഗത്സാക്ഷിണവാഹം നൃശ്യവസ്തുപ്രാസ്തി ചേത് ചൺഡാളോസ്തു സതു ദ്ജോസ്തു ഗുരുഷാ മനീഷ മമ നമ്മുടെ സ്ഥിരപ്രജ്ഞലക്ഷണമാണ് അല്ലെ ഇവിടെ ആചാര്യസ്വാമികൾ ദൃഢപ്രജ്ഞാസ്തി ചേത് എന്നൊരു പദ ജാഗ്രത് സ്വപ്ന സുഷുപ്തിഷു സ്ഫുട സംവിജൃംബത്തെ സംവിദ് എന്ന് വെച്ചാൽ അറിവ് ഞപ്തി അവയർനസ് അവബോധം ജാഗ്രത്ത് സ്വപ്നം സുഷുപ്തി എന്ന മൂന്ന് അവസ്ഥകൾ മാറി വരുമ്പോ ഒരു മാറ്റം കൂടാതെ ഉണർന്നിരിക്കുന്ന ഉണർന്നിരിക്കുന്ന ഞാൻ തന്നെയാണ് സ്വപ്നം കണ്ടത് സ്വപ്നം കണ്ട ഞാൻ തന്നെയാണ് സുഖമായിട്ട് ഉറങ്ങിയത് എന്ന് ഒരേ ആള് മൂന്നിന്റെയും സാക്ഷിയായി നിൽക്കുന്നു അതിനെ ഇവിടെ സംബിത് എന്ന് പറഞ്ഞു യാ സംബിത് ഉജൃംഭത്തെ യാ ബ്രഹ്മാതി പിലിക അന്തര തനുഷു ബ്രഹ്മാവ് മുതൽ ഒരു ഉറുമ്പുവരെ ഒരു അമീപ വരെ ഒരു ഏറ്റവും ചെറിയ ഏകകോശ ജീവി വരെ എല്ലാറ്റിന്റെയും ഹൃദയസ്ഥാനത്തിൽ സാക്ഷിയായിട്ട് എന്നുവെച്ചാൽ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും അതിന്റെ ചലനത്തിനുമൊക്കെ കണ്ടുകൊണ്ട് അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണ് അതിനു കണ്ണായിരുന്ന പൊരുൾ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷിയായിട്ട് ഏതൊരു സർവസാക്ഷിയുണ്ടോ ആ സർവസാക്ഷിയാണ് ഞാൻ എന്ന് വിചാരം കൊണ്ട് ആരറിയുന്നുവോ ആർക്ക് ആ സർവസാക്ഷിയിൽ ദൃഢമായ അഭിമാനം എന്നുവെച്ചാൽ അഭിമാനം ശരീരം മനസ്സ് ബുദ്ധി ഇതിലൊന്നും നിൽക്കാതെ തത്ര ആത്മത്വം ദൃഢീകുറുവെന്ന് അഹമാതിഷു സന്ധ്യജന്ന് ഉദാസീനവതാ വയ തയാ തേശു തിഷ്ഠേത് ഘടപടാതിവത് എന്നാണ് ഇതിനൊക്കെ സാക്ഷിയായി നിൽക്കുന്ന ബോധമാണ് എന്റെ സ്വരൂപം എന്ന് അറിഞ്ഞ് ആ ബോധമണ്ഡലത്തിൽ നിന്നും മാറി സ്ഫുരിക്കുന്ന അഹങ്കാരം മുതൽ ശരീരം വരെയുള്ള ഒരു കൊടമോ ഒരു മുണ്ടോ ഒരു കല്ലോ ഒരു മരത്തടിയോ കാണുന്ന പോലെ കണ്ടുകൊണ്ട് ഉദാസീനനായിട്ടിരിക്കണം എന്നാണ് പിന്നീ പറയാ മനസ്സിലാക്കാൻ ശ്രമിക്കരുത് കേട്ടോ ഈ പറയണത് മനസ്സിലാക്കിയാൽ തെറ്റി പോവും മനസ്സിലാക്കണ്ട കേട്ടാ മതി കേട്ടുകൊണ്ടേയിരുന്നാൽ മനസ്സിലല്ലാതെ ഒരു സെന്ററിൽ പിടിച്ചെടുക്കാം നമ്മൾ ലോകത്തിലുള്ള കാര്യമൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കണം അത് മനസ്സുകൊണ്ടാണ് ലോകത്തിൽ ജീവിക്കുക പക്ഷെ ആത്മസാക്ഷാത്കാരം മാത്രം മനസ്സുകൊണ്ട് നേടാൻ പറ്റില്ല എതോ വാചോ നിവർത്തന്ത അപ്രാപ്യ മനസാസഹ മനസ്സും ഇന്ദ്രിയങ്ങളും ഒക്കെ അതിനെ സ്പർശിക്കാൻ കഴിയാതെ തിരിച്ചു വരുന്നു എന്ന് അതുകൊണ്ട് മനസ്സിലായില്ല എന്ന് പറയാനേ പാടില്ല മനസ്സിലായിട്ടില്ലെങ്കിൽ വളരെ നല്ലത് ഇത് മനസ്സിലാവാനുള്ളതല്ല വേറെ സെന്ററിൽ പിടിച്ചെടുത്തോളും എല്ലാവർക്കും ഹൃദയത്തിൽ ജ്ഞാനമുണ്ട് നമ്മള് ഇല്ലാത്ത പോലും നടിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയേ ഉള്ളൂ എല്ലാവരുടെ ഉള്ളിലുണ്ട് ഈ വസ്തു വിവേകാനന്ദ സ്വാമികൾ ഒരിടത്ത് പറഞ്ഞു അദ്ദേഹം ഇങ്ങനെ പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് എന്തോ ഒരു ആനന്ദം ഒരു ശാന്തി പക്ഷെ അവർക്ക് മനസ്സിലാവണില്ല അപ്പൊ ഓരോ ദിവസവും കുറെ ചെറുപ്പക്കാർ കൂടി ചേർന്നിട്ട് അദ്ദേഹം നമ്മളെ ഹിപ്പനോട്ടൈസ് ചെയ്യാണെന്ന് തോന്നുന്നു എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം പറയണതൊന്നും പിടികിട്ടണില്ല നമുക്കൊന്നും പക്ഷെ കേൾക്കുമ്പോ സുഖമുണ്ടല്ലോ അപ്പൊ ഹിപ്പനോട്ടൈസ് ചെയ്യുകയാണെങ്കിൽ അതിനെ സമ്മതിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം അദ്ദേഹം പ്രസംഗം തുടങ്ങിയപ്പോ ഒരു പെൺകുട്ടി എഴുന്നേറ്റ് പറഞ്ഞു സാർ യു ആർ ഹിപ്പനോട്ടൈസിംഗ് അസ് അപ്പൊ അദ്ദേഹം പറഞ്ഞു നോ മൈഡിയർ ചൈൽഡ് ദർ ഇസ് നോ നീഡ് ഫോർ മീ ടു ഹിപ്പനോട്ടൈസ് യു ബിക്കോസ് യു ആർ ഓൾറെഡി ഹിപ്പ്നോട്ടൈസ്ഡ് ഐ എം ഓൺലി ഡീ ഹിപ്പനോട്ടൈസിംഗ് യു ഇപ്പോ തന്നെ ഓ മഹാ മയക്കത്തിൽ കിടക്കുകയാണ് എന്താ മയക്കം മായ പറഞ്ഞ് കഥകളൊക്കെ കേട്ട് വിശ്വസിച്ച് ഞാൻ ശരീരമാണ് ഒരു സ്ത്രീയാണ് പുരുഷനാണ് ഈ ലോകം മാത്രം സത്യം ഇതിൽ എന്തൊക്കെയോ എന്തൊക്കെയാ വിശ്വസിച്ചുകൊണ്ട് നടക്കണത് ഈ വിശ്വാസത്തിൽ നിന്ന് ഒരു ഡീഹിപ്പനോട്ടൈസേഷനാണ് വേദാന്തം ഈ ഭ്രമയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയാണ് നമുക്ക് നമ്മളുടെ ഐഡന്റിറ്റിയെ പോയിരിക്കണം വേറെ ആരോ നമ്മളാണെന്ന് ധരിച്ചിരിക്കുകയാണ് എന്നിട്ട് അതുവാസ്തവം എന്ന് പറയാം അങ്ങനെ അല്ലാതെ ആരെങ്കിലുമൊക്കെ പറഞ്ഞാൽ ഭ്രാന്താണെന്ന് വിളിക്കും മുസ്ലിംസിന് ഇടയിൽ സൂഫി മുസ്ലിംസ് ധാരാളം ഉണ്ടായിരുന്നു അവര് പലർക്കും ഈ അനുഭവം ഉണ്ടായിട്ട് അനാൽ ഹക് എന്ന് പറഞ്ഞു അനാൽ ഹക് എന്ന് വെച്ചാൽ ഞാൻ അള്ളാവാണ് എന്നാണ് അത് അവർക്ക് പറയാതിരിക്കാൻ പറ്റാതെ ആ അനുഭൂതി പുറമേ ചാടിയപ്പോ അവരെയൊക്കെ അരിഞ്ഞു കൊന്നു ശൂലത്തിൽ കയറ്റിയിട്ടും ശൂലത്തിൽ കയറ്റി അതിലൊരാളെ കൊല്ലുമ്പോ പോലും അദ്ദേഹം പറഞ്ഞു ഇവരെന്നെ അല്ല കൊല്ലുന്നത് ആരെയോ ശൂലം കൊണ്ട് കുത്തുന്നു ഞാൻ ആ സത്യവസ്തുവാണെന്ന് ഗർജിച്ചു അങ്ങനത്തെ സത്യദർശികൾ അവരുടെ ഇടയിലും എത്രയോ മറ്റു മതസമ്പ്രദായങ്ങൾക്കിടയിലും ഈ സത്യദർശനം ഉണ്ടായവർ എത്രയോ പേരുണ്ടായിരുന്നുണ്ട് എന്താന്ന് വെച്ചാൽ ഈ സത്യം വേദാന്തത്തിനോ മറ്റോ സ്വന്തമല്ല ചന്ദ്രശേഖരഭാരതി സ്വാമിയോട് ഒരു പണ്ഡിതൻ വന്ന് പറഞ്ഞു ഞാൻ ആറ് ജീവൻ മുക്തന്മാരെ കണ്ടു അതിൽ ഒരാൾ മുസ്ലിമാണ് ഒരാൾ ക്രിസ്ത്യനാണ് ഒരാൾ ഒരു വൈഷ്ണവനാണ് ഒരാൾ വേറെ എന്തോ സമ്പ്രദായത്തിൽ ഇങ്ങനെ ചില അപ്പോ അദ്ദേഹം അദ്ദേഹത്തിനോട് ചന്ദ്രശേഖരഭാരതി സ്വാമി പറഞ്ഞു നീ എന്തിനാ ഇങ്ങനെ അവർ ഇതിൽ പെട്ടതാണോ അതിൽ പറഞ്ഞു ജീവൻ മുക്തന്മാർക്ക് വല്ല സമ്പ്രദായവും ഉണ്ടോ ജീവൻമുക്തി എന്ന് പറയുന്നത് എന്താ ഈ ശങ്കരാദ്വൈതം പഠിച്ചാലേ വരള്ളൂ എന്ന് വിചാരിച്ചിരിക്കുകയാണോ അല്ല ശൃംഗേരി മഠത്തിന്റെ സ്വന്തമാണോ എന്ന് ചോദിച്ചു അദ്ദേഹം അത് എവിടെയാണെങ്കിലും ഏത് സ്ഥലത്താണെങ്കിലും ഒരാൾ സൂര്യനെ കണ്ട ഒരേ പോലെ ഉണ്ടാവുള്ളൂ ഓരോരുത്തർക്കും ഒരേ പോലെ ഓരോ പോലെ സൂര്യൻ കാണുമോ എവിടെയാണെങ്കിലും കാണുന്നവൻ സത്യം കണ്ടെത്തിയവൻ ഒരേ ഭാഷയാണ് പറയുന്നത് തലഭാഷ ഇല്ല സത്യദർശികൾക്ക് എല്ലായിടത്തും ഒരേ ഭാഷയേ ഉള്ളൂ അല്പസ്വല്പം വാക്കു കൊണ്ട് പറയുമ്പോൾ മാറിപ്പോകും എന്നല്ലാതെ ശ്രദ്ധിച്ചാൽ എല്ലാ ഒരേ കാര്യം തന്നെയാണ് പറയണതാണ് കോപ്പി അടിച്ച് എഴുതണ പോലെയാണ് ോക്കുമ്പോ ഒക്കെ എല്ലാവരുടെയും അനുഭവം ഒരേ ആത്യന്തികമായ അനുഭവ മണ്ഡലത്തിൽ എല്ലാവരേ പോലെയാ ഇപ്പൊ സത്യത്തിനെ ബോധിപ്പിച്ച് നമ്മളെ വീണ്ടും നമ്മൾ അല്ലാത്തതിനെയൊക്കെ ശരീരം ഞാനെന്ന് ധരിച്ചിരിക്കുന്നു വേറെ എന്തൊക്കെയോ ധരിച്ചു ഒരു ഭ്രമം ഏർപ്പെട്ടിരിക്കുന്നു ഉന്മാദം വിവേകാനന്ദ സ്വാമികളോട് ഒരാൾ പറഞ്ഞു സ്വാമി നിങ്ങളിങ്ങനെ അദ്വൈതം പറഞ്ഞ ആളുകൾക്ക് ഭ്രാന്ത് പിടിക്കുന്നു അപ്പൊ സ്വാമി പറഞ്ഞു അതെ അതെ അല്ലെങ്കിലേ മുഴുത്ത ഭ്രാന്താണ് ഇനി ഞാൻ പറഞ്ഞിട്ട് ഇത്തിരി കൂടിയാണെങ്കിൽ കുടിക്കോട്ടെ മുഴുത്ത ഭ്രാന്ത പിടിച്ചിരിക്കണമെന്നാണ് എന്ത് ആർക്കാപ്പൊ ഭ്രാന്ത് ഇല്ലാത്തത് രാമകൃഷ്ണ പരമഹംസരോട് പലരും അദ്ദേഹത്തിന് ഭ്രാന്താണെന്ന് പറഞ്ഞപ്പോ രാമകൃഷ്ണ പരമഹംസർ പറഞ്ഞു ലോകത്തിലെല്ലാവർക്കും ഭ്രാന്താണ് ചിലർക്ക് പണം വേണമെന്നുള്ള ഭ്രാന്ത് ചിലർക്ക് പ്രസിദ്ധി വേണമെന്നുള്ള ഭ്രാന്ത് ചിലർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടണം എന്നുള്ള ഭ്രാന്ത് ചിലർക്ക് കല്യാണം കഴിക്കണം എന്നുള്ള ഭ്രാന്ത് കല്യാണം കഴിച്ചിട്ട് ഒരു ഭ്രാന്ത് പല വിധത്തിലുള്ള എനിക്ക് ഈശ്വരനോട് ഭ്രാന്ത് ഉള്ളൂ ഇപ്പൊ ഭ്രാന്ത് പിടിക്കണമെങ്കിൽ നിത്യവസ്തുവിന്റെ പേരിൽ ഭ്രാന്ത് പിടിച്ചാൽ അത്രയും നല്ലത് ഭ്രാന്ത് ഇപ്പം ആർക്കാവില്ലാത്തത് നമുക്ക് ടോട്ടൽ ഐഡന്റിഫിക്കേഷൻ ലോസ് ആണിപ്പോ നമ്മളുടെ സ്വരൂപം എന്താന്ന് തന്നെ ഇതിനേക്കാളും വലിയ നഷ്ടം എന്ത് വരാനിരിക്കണം ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചു പോയിരിക്കണം ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയിരിക്കും ഒരു ഭ്രാന്താശുപത്രി സന്ദർശിച്ചു അത്രേ അപ്പോ അദ്ദേഹം വളരെ പ്രസിദ്ധനായതുകൊണ്ട് ധാരാളം ഭ്രാന്തന്മാരെ അവർക്ക് ജവഹർലാൽ നെഹ്റു ആണെന്നൊരു തോന്നൽ അവര് അങ്ങനെ കുറെ പേര് അതിനകത്ത് അഡ്മിറ്റ് ചെയ്തിരുന്നു എന്നാണ് അതിൽ ഒരാൾക്ക് ഗുണമായിട്ട് അദ്ദേഹത്തിനെ റിലീസ് ചെയ്ത് നെഹ്റു അയാൾക്ക് ഷേക്ക് ആൻഡ് ഒക്കെ കൊടുത്ത് പറഞ്ഞയക്കുമ്പോ അയാൾ നെഹ്റുവിനോട് ചോദിച്ചു നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു അപ്പൊ നെഹ്റു പറഞ്ഞു ഞാൻ ജവഹർലാൽ നെഹ്റു ആ ഞാനും ഇങ്ങനെ തന്നെയാ പറഞ്ഞുകൊണ്ടിരുന്നത് കുറച്ച് കഴിഞ്ഞാ ടോട്ടൽ ഐഡന്റിഫിക്കേഷൻ ലോസ് നമ്മളെ തന്നെ മറന്നുപോയിരിക്കുന്നു നമ്മളുടെ സ്വരൂപം എന്താന്ന് മറന്നുപോയിരിക്കുന്നു വേറെ എന്തിനെയൊക്കെയോ നമ്മളാണെന്ന് കരുതിയിരിക്കണം ഈ ഒരു അബദ്ധത്തിൽ നിന്നും വെളിയിൽ കൊണ്ടുവരാനാണ് ആചാര്യന്മാർ നമ്മളെ പതുക്കെ പതുക്കെ പതുക്കെ ഈ സത്യം ബോധിപ്പിക്കണത് ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ ആചാര്യസ്വാമി പറഞ്ഞ് ഈ ശിവനർത്തനം ജാഗ്രത് സ്വപ്ന സുഷുപ്തി ആദ്യ അവസ്ഥകൾ മാറുമ്പോഴും അഹം ഇതി അന്തസ്ഫുരന്തം ഞാൻ എന്ന് അകമേ നടിക്കുന്നു ഈ ഞാൻ എന്നുള്ള അനുഭവത്തിനെ വളരെ സൂക്ഷിക്കണം പലരും കൺഫ്യൂസ് ചെയ്യും എന്താ ഈ ഞാൻ ഞാൻ നമ്മളെല്ലാരും പറയണല്ലോ അപ്പൊ അതിലെന്തോണ്ട് വെച്ചാൽ ഇത് മൂന്ന് മണ്ഡലത്തിൽ നമ്മളുടെ അകത്ത് അനുഭവപ്പെടുന്നു സ്ഥൂലമായ മണ്ഡലത്തിൽ അത് അഹങ്കാരമായിട്ടിരിക്കും ഇതൊക്കെ ദക്ഷിണാമൂർത്തി സ്തോത്ര വാർത്തികത്തിൽ സുരേശ്വരാചാര്യർ പറയും ഏറ്റവും സ്ഥൂല മണ്ഡലത്തിൽ ഞാൻ എന്ന് പറയുമ്പോ എന്താ ഈ ശരീരമാണ് അല്ലെങ്കിൽ ഇന്ന എന്നെ അറിയില്ലേ ആഡ്യോ അഭിജനവാനസ്മി കോന്യോസ്തി സദൃശോമയ യക്ഷ്യെ ദാസ്യാമി മോദിഷ്യേമോഹിത എന്നൊക്കെ ഗീതയിൽ ഭഗവാൻ തന്നെ അവരെ കുറിച്ച് പറയുന്നു എന്നെ അറിയില്ല എന്നെ അറിയാത്തവർ ഇവിടെ ആരുണ്ട് ഞാൻ ആഢ്യനാണ് വലിയ കുലത്തില് ജനിച്ചാള് എത്ര പണമുണ്ട് എനിക്ക് എന്തു വേണമെങ്കിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ ധരിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥൂലാഹംകാരം അതിൽ തന്നെ അഹം വൃത്തി എന്നൊന്ന് നമുക്കൊക്കെ അനുഭവപ്പെടുന്നു കോൺസ്റ്റന്റ് എക്സ്പീരിയൻസ് നമ്മൾ എന്തു മന്ത്രം ജപിച്ചാലും ചിലരൊക്കെ കോടി ലക്ഷം ഒക്കെ ജപിക്കും എന്നാലും ഇത്ര കണ്ട് നമുക്ക് ജപിച്ചിരിക്കാൻ സാധ്യതയെ ഇല്ലാത്ത ഒരു ജപം നമ്മൾ ജീവിതം മുഴുവൻ ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ ഞാൻ ഞാൻ എന്നൊരു ജപം അതാണ് ജപം ആ ജപം നടന്നുകൊണ്ടേയിരിക്കുന്നു നമ്മളുടെ ഉള്ളിൽ അത് ഏറ്റവും സ്ഥൂല രൂപത്തിൽ വരുമ്പോ അതിന് അഹങ്കാരം അല്ലെങ്കിൽ അഹം വൃത്തി എന്ന് പറയണോ അതിനെ തന്നെ നമ്മൾ പതുക്കെ അന്വേഷിക്കുമ്പോൾ ആചാര്യസ്വാമികൾ ഉപയോഗിച്ച വാക്കുണ്ടല്ലോ സ്ഫുരന്തം അത് സ്ഫൂർത്തി ഒരു തരം സ്പന്ദനമായിട്ട് അകമയ്ക്ക് അനുഭവപ്പെടും ഈ ഞാൻ എന്നുള്ളത് അഹങ്കാരമായിട്ട് തോന്നുന്നത് നമ്മളുടെ ശ്രദ്ധ അതിലേക്ക് വീണ് കഴിയുമ്പോൾ അത് പതുക്കെ ഒരു സ്ഫൂർത്തി ഒരു സ്പന്ദനമായിട്ട് അനുഭവപ്പെടും ക്രമേണ ആ സ്പന്ദനവും ലയിക്കും അപ്പോ അഹൻ എന്നുള്ളതിന്റെ ഉണ്മയായ പൊരുൾ ആ പൊരുളാണ് ശിവൻ ശൈവസിദ്ധാന്തത്തിൽ നീലകണ്ഠ ദീക്ഷിതർ അങ്ങനെയാണ് ശിവധ്യാനം ചെയ്യണത് നമോ അഹം പദാർത്ഥായ ശ്രീകണ്ഠ ശ്രീകണ്ഠ ഭാഷ്യത്തിൽ ശ്രീകണ്ഠ ശ്രീകണ്ഠൻ എന്ന് ആചാര്യൻ അദ്ദേഹത്തിന്റെ ശ്ലോകമാണിത് അപയദീക്ഷിതർ ഇതിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട് നമോ അഹം പദാർത്ഥായ ലോകാനാം സിദ്ധിഹേതവേ സച്ചിദാനന്ദരൂപായ ശിവായ പരമാത്മനെ ശിവന് നമസ്കാരം ആ ശിവൻ ആരാണ് നമ്മളുടെ വ്യക്തിബോധത്തിന്റെ ഉണ്മയായ സ്വരൂപം അന്വേഷിച്ചു നോക്കിയാൽ ഞാനേ ഇല്ല ഇവിടെ ശിവനേ ഉള്ളൂ എന്നറിയും ശിവനെ ജീവനായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കാണ് ശിവനെ ഉള്ളു അവിടെ ജീവൻ എന്നുള്ളത് വെറുതെ ഒരു ഭ്രമമാണ് അപ്പോ ഈ സത്യാന്വേഷണത്തിന് പരമേശ്വരനെ നമ്മളുടെ അന്തരംഗത്തിൽ കണ്ടെത്തേണ്ടിയിരിക്കുന്നു അവിടെ ഭഗവാൻ നർത്തനം ചെയ്യുന്നു ചിദംബര നടനം ചിദംബരത്തിലുള്ള നർത്തനം എന്ന് പറയുന്നത് ഈ അനുഭവം തന്നെ ഈ അനുഭവമണ്ഡലത്തിൽ ഹൃദയത്തിൽ കാണുന്നത് തന്നെ നടരാജന്റെ ദർശനം എന്ന് പറയുന്നത് ശിവദർശനം എന്ന് പറയുന്നത് ശിവം ഉള്ളത്തോളം കാലം ഈ ശവം വ്യവഹരിക്കുകയും വർത്തമാനം പറയും മിണ്ടുകയും മറ്റുമൊക്കെ ചെയ്യും ആ ശിവം ഈ ശവത്തിന്റെ ഉള്ളു വിട്ടു പിരിഞ്ഞാൽ ഭാര്യ ഭജഗോവിന്ദത്തിൽ ആചാര്യസ്വാമികൾ പറയണു തലേ ദിവസം വരെ പ്രിയമായിട്ടിരുന്ന ഭാര്യ ഈ ശിവം വിട്ടു പിരിയുന്നതോടുകൂടെ നിങ്ങളുടെ ഭർത്താവല്ലേ നാളെ രാവിലെ ശവം എടുക്കാം എന്ന് പറഞ്ഞ് തനിച്ചാക്കിട്ട് പോയാലേ ചിലപ്പോ അടുത്ത ദിവസം രണ്ടെണ്ണം കിടക്കും തന്റെ ഭർത്താവാണെങ്കിലും ചേതന വിട്ട് പിരിഞ്ഞ് ജഡത്തിനെ പേടി എല്ലാവർക്കും പേടി സത്ത് പോലയാളികൾ കളിയാക്കും തമിഴിലെ സത്ത് പോയുമ്പോ ഇതെന്താ സത്ത് പോ സത്ത് പോയി എന്ന് പറയണെന്ന് ചത്തുപോയല്ല ശരി സത്ത് പോയി തന്നെയാ സത്ത് പോയി ഇപ്പോ ഉള്ളത് അസത്ത് അതെന്ന് വിട്ടുപോയത് സത്ത് അതുകൊണ്ട് ഈ ശരീരം അസത്തായ ശരീരം സ്വയമേവ അസത്തായി ഇല്ലാതാവും വിൽ നാച്ചുറലി ഗിറ്റ് ഇസ് ഇൻഡഗ്രേറ്റഡ് സത്ത് പോയി അതാണ് സത്തുപോയിന്ന് തന്നെ പറയണം സത്ത് പോയിതെന്ന് പറയാം സത്ത് പോയതാണ് ആ സത്സ്വരൂപമായ ജീവൻ ആ ശരീരത്തിനെ പരിത്യജിച്ചാൽ ശരീരം ഇല്ലാതാവും വാസ്തവത്തിൽ എന്തുകൊണ്ട് ശരീരം ഇല്ലാതാവണു ആലോചിച്ച് നോക്കാം തലേ ദിവസം വരെ ഒരു കേടുപാടും ഇല്ലാതെ ഇത്ര കാലം നിന്നുമില്ലേ മരിച്ചു കുറച്ചുനേരം കഴിയുമ്പോഴേക്കും ആറാൻ തുടങ്ങണു ആരുടെ ശരീരവും വലിയ വലിയ ചില യോഗികളൊക്കെ മരിച്ചപ്പോ അവരുടെ ശിഷ്യന്മാരൊക്കെ അതൊന്നും കെടുന്നു പോലെന്ന് വെച്ചോണ്ടിരുന്നു അതും കുറെ കഴിഞ്ഞപ്പോൾ നാറാൻ തുടങ്ങിയപ്പോ എടുത്ത് സംസ്കരിച്ചു ഇപ്പൊ ആരുടെയൊക്കെ ശരീരം വെച്ചോണ്ടിരിക്കേണ്ടതെന്നൊക്കെ പറയുന്നു അത് എന്തൊക്കെയായാലും ഒന്നും ശാശ്വതമല്ല അതൊക്കെ ഓരോ ഏർപ്പാടുകളൊക്കെ വെച്ച് ഈ മമ്മീസൊക്കെ വെക്കുന്ന പോലെ വെച്ചുകൊണ്ടിരിക്കാം എല്ലാ ശരീരവും ഇവിടെ ദ്രവിച്ച് ഇല്ലാതായി പോകുന്നതാണ് അത് ജഡമാണ് രമണാശ്രമത്തിൽ മഹർഷിയുള്ളപ്പോ ഒരു മുത്തശ്ശി അവർക്ക് ആചാരം വളരെ കൂടുതലായിരുന്നു ഈ ആചാരങ്ങളൊക്കെ നമ്മളെ സഹായിക്കും പക്ഷെ അതിൽ കിടന്നു കഴിഞ്ഞാൽ അത് തന്നെ അഭിമാനമായിട്ടും അഹങ്കാരമായിട്ടുമൊക്കെ തീരും അപ്പൊ ആരെങ്കിലുമൊക്കെ തൊട്ടാൽ അപ്പോ അവർക്ക് ദേഷ്യം വരും പോയി കുളിച്ചിട്ട് വരും പിന്നെ ദേഷ്യം വരും അപ്പോ ഒരു ദിവസം അടുക്കളയിൽ ഇവർ ജോലി ചെയ്യുന്ന സമയം കടകുമാങ്ങ ഭരണിയിൽ ആരോ കൈയിട്ടെടുത്തു ഒരു മാങ്ങ അപ്പോ ആ ഭരണിയിലുള്ള മാങ്ങ മുഴുവൻ കെടുന്നു കുറച്ച് ദിവസത്തിനാവും അപ്പോ ഈ വൃദ്ധയെ വിളിച്ചിട്ട് മഹർഷി പറഞ്ഞു നമുക്ക് ഒരു വർഷം നിക്കേണ്ട ഈ കടകം മാങ്ങ പണം കയ്യ പോട്ടതിനാലെ കെട്ടുപയടുത്തു അപ്പൊ ഉപയോഗിച്ച വാക്ക് പണം ശവം ഈ ശവം കൊണ്ട് സ്പർശിച്ചത് ഒരു വർഷം നിക്കേണ്ട മാങ്ങ പെട്ടെന്ന് കെടുന്ന് പോയി അപ്പൊ ഈ ശവം എത്ര അശുദ്ധമാണ് അതിനുള്ള അഭിമാനം കളയാൻ വേണ്ടിയിട്ടാണേ അഭിമാനം എടുക്കാൻ വേണ്ടിട്ട് അത് പറഞ്ഞതോടുകൂടെ അവരുടെ ആ ഒരു അതിരുകടന്നിട്ടുള്ള അഭിമാനം അതൊന്ന് വിട്ടുപോയി അപ്പോ ശിവനെ ആരാധിക്കുന്നതിന്റെ ഏറ്റവും മുഖ്യഭാഗം ഈ ശവത്തിനോടുള്ള അഭിമാനം കളയലാണ് ഭാഗവതത്തിൽ ദിതിക്ക് കാമം പിടിപെട്ടപ്പോ കശ്യപ്രജാപതി പറയുന്നു സന്ധ്യാസമയം കശ്യപ്രജാപതി ദിദിയോട് പറയുന്നു നോക്കൂ നോക്കൂ അതാ ഒരാള് പോകുന്നു ൂ പോകുന്ന ആളെ കണ്ടുവോ ഒരു കാളപ്പുറത്ത് അദ്ദേഹത്തിന്റെ ശരീരം കാച്ചിയെടുത്ത പൊന്നുപോലെ മിന്നുന്ന ശരീരമാണ് എന്നിട്ടും ശ്മശാനധൂളി ദൂശൃതനായിട്ട് ആനയുടെ തോലുടുത്ത് കൃത്യവാസ്പിനാകി കൃത്യവാസസ് ആയിട്ട് തലയൊക്കെ ജടപിടിപ്പിച്ച് സർപ്പങ്ങൾ ചുറ്റി ശരീരത്തിൽ ശ്മശാനത്തിലെ ഭൂതിയും പൂശി കാളപ്പുറത്തിരിക്കുന്നു ആ ദേവൻ പോകുന്നത് കണ്ടുവോ ദിതി അല്പൊന്ന് പുച്ഛഭാവത്തോടെ നോക്കിയെന്ന് തോന്നുന്നു അപ്പൊ കശ്യപൻ പറയുന്നു ദിതി അദ്ദേഹം സ്വർണമയ ശരീരനായിട്ടുള്ള അദ്ദേഹം ആ ശരീരത്തിനെ മറച്ചുകൊണ്ട് ഇങ്ങനെ വേഷം കിട്ടി നടക്കുന്നത് എന്തിനാ അറിയോ നിന്നെ പരിഹസിക്കുകയാണ് സ്വഭോചനം ആത്മതയോപലാളിതം എന്നാണ് ഈ ശരീരം സ്വഭോജനമാത്രേ ഡോഗ് ഫുഡ് നായുടെ ആഹാരം എന്നുവച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ നായോ കുർക്കനോ ഒക്കെ കടിച്ചു ഈ ശരീരത്തിനെ നീ ആത്മാവെന്ന് ധരിച്ചിട്ടാണല്ലോ ഈ ഭോഗത്തിൽ അതും അധർമ്മമായിട്ട് അസമ അസമയത്ത് ആഗ്രഹിച്ചത് നോക്കി ഭഗവാൻ പരിഹസിച്ചുകൊണ്ട് കാളപ്പുറത്ത് ആനത്തോലുടുത്ത് മേലെ ശ്മശാനത്തിന്റെ ഭൂതിയും പൂശിക്കൊണ്ട് പോവുകയാണെന്നാണ് എന്നുവെച്ചാൽ ഈ ശരീരത്തിനെ മരന്നാലേ ശവത്തിനെ മറക്കുക എന്ന് വെച്ചാൽ എന്താർത്ഥം ഞാനല്ല എന്നറിയാം അതിനൊന്നും കൊല്ലുകയോ തല്ലുകയോ ഒന്നും വേണ്ട അത് ഞാൻ അല്ല എന്നറിഞ്ഞാൽ ശിവം സ്വയമേവ പ്രകാശിക്കും നമുക്ക് ശിവാനുഭവം ആർക്കാ ശിവാനുഭവം ഇല്ലാത്തത് എല്ലാവർക്കും ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം ഉണ്ടല്ലോ അത് എന്തുകൊണ്ട് ഈശ്വരാനുഭവമായിട്ട് അനുഭവപ്പെടുന്നില്ല എന്ന് വെച്ചാൽ ഞാനല്ലാത്തതിനെയും ഒക്കെ ബലമായി പിടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആത്മാവിനെ എവിടെയൊന്നും കൊണ്ടുവരാനില്ല സാക്ഷാത്കരിക്കാനൊന്നുമില്ല സാക്ഷാത് ആയിട്ടുള്ളത് ആത്മാവാണ് ഈ കാരം അങ്ങോട്ട് വിട്ടാൽ മതി കാരം എവിടെ ഉണ്ട് ഞാൻ അത് ചെയ്യുന്നു ഇത് ചെയ്യണു ഈ കാരം വിട്ടാൽ സാക്ഷാത് അപരോക്ഷമായിട്ട് ആത്മാവ് പ്രകാശിക്കണു എല്ലാവർക്കും സിദ്ധമാണ് എല്ലാവരുടെ അനുഭവത്തിലുണ്ട് അത് ഈ ഒരു തത്വത്തിന് പ്രാമുഖ്യം കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് സാധന ചെയ്താലും എന്തൊക്കെ സർവീസ് ചെയ്താലും എത്ര തലകുത്തി നിന്നാലും സത്യം നമ്മൾ അനുഗ്രഹിക്കുകയേയില്ല കാരണം നമ്മള് തത്വത്തിനു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ കർമ്മത്തിന് പ്രാമുഖ്യം കൊടുത്താൽ ഭഗവാൻ എങ്ങനെ നമ്മളുടെ അടുത്ത് വരും പരീക്ഷ്യലോകാൻ കർമ്മചിതാൻ ബ്രാഹ്മണോ നിർവേദമായത് അകൃതകൃതേന തദ്വിജ്ഞാനാർത്ഥം സ ഗുരുമേവാഭിഗച്ഛേത് ശ്രോത്രിയം ബ്രഹ്മനിഷ്ഠം സകല കർമ്മം കൊണ്ട് നേടിയെടുത്ത എല്ലാ അനുഭവത്തെങ്ങളെയും പരീക്ഷിച്ചു നോക്കിയാൽ നമുക്കൊരു കാര്യം പിടികിട്ടും പൂർണ്ണ വസ്തു ഒരിക്കലും കർമ്മത്തിന് വശപ്പെടുകയേയില്ല എന്നുള്ളത് കാരണം എല്ലാ കർമ്മത്തിനും ഒരാരംഭമുണ്ടോ ഒരവസാനമുണ്ട് പക്ഷേ കർമ്മരഹിതമായ അവസ്ഥയ്ക്ക് ആരംഭവും അവസാനവും ഇല്ല അത് പൂർണ്ണമാണ് നൈഷ്കർമ്മ്യം ചുമ്മാ ഇരിക്കലിന് ആരംഭമുണ്ടോ ഞാൻ വർത്തമാനം പറയണതിന് ആരംഭമുണ്ട് അവസാനിക്കും ഇപ്പൊ ചുമ്മാ ഇരിക്കലിന് എപ്പോഴെങ്കിലും ഒരു ആരംഭമുണ്ടോ അത് അനാദ്യ കാലമായിട്ടുള്ളത് ആ ചുമ്മാരിക്കലാണ് ആ ചുമ്മായിരിക്കൽ എന്നുള്ളത് നമ്മളുടെ സ്വരൂപമാണ് അഹങ്കാരം അതിന് തടസ്സം ചെയ്യുന്നു അപ്പൊ ഈ അഹങ്കാരത്തിനെ മൂലത്തിൽ വിചാരം കൊണ്ട് ശമിപ്പിക്കൽ അല്ലാതെ വേറെ ഒരു മാർഗം കൊണ്ടും സത്യത്തിനെ പൂർണമായി അനുഭവമണ്ഡലത്തിൽ കൊണ്ടുവരാൻ സാധിക്കയില്ല അപ്പൊ അവനവന്റെ വ്യക്തിത്വം എന്താണെന്ന് അന്വേഷിക്കുമ്പോ നിശ്ചലമായി ചലനമില്ലാതെ നിത്യ സർവഗത സ്ഥാണുഹു അച്ചലോയം സനാതന ചലിക്കാത്തതായ സനാതനമായ ബോധമാണ് ഞാൻ എന്നുള്ളത് സ്വയം പ്രകാശിക്കും ആ പ്രകാശാനുഭവം തന്നെ നമ്മുടെ സ്വരൂപസ്ഥിതി അത് തന്നെ പ്രജ്ഞ എന്നിവിടെ പറഞ്ഞു ആ ദൃഢപ്രജ്ഞാഭ്യസ്ഥാസ്തി ദൃഢപ്രജ്ഞ ആർക്കുണ്ടോ അവൻ ചണ്ടാളനാണെങ്കിലും ശരി ബ്രാഹ്മണനാണെങ്കിലും ശരി ഗുരുവാണ് സ്ഥിതപ്രജ്ഞനാണ് ആ ദൃഢപ്രജ്ഞ ഹൃദയത്തില് തെളിയും തോറും നമുക്ക് അകമയ്ക്ക് ശാന്തി ഉണ്ടായിക്കൊണ്ടേയിരിക്കും ആ ദൃഢപ്രജ്ഞയ്ക്ക് നമ്മൾ പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് വേണം സാധന ചെയ്യാം ഈ സത്യം അറിഞ്ഞിട്ട് ജപം ചെയ്താലും പൂജ ചെയ്താലും എന്ത് ചെയ്താലും വേണ്ടില്ല ഈ സത്യം അറിഞ്ഞുകൊണ്ടാണ് മഹാത്മാക്കളൊക്കെ പൂജയും ജപവും ആരാധനയും ഒക്കെ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് അവർക്ക് അത് ഫലിച്ചത് ഈ സത്യം അറിഞ്ഞുകൊണ്ടാണെങ്കിൽ യാതൊന്നും എല്ലാം നമുക്ക് ഫലവത്തായിട്ട് തരും ഒന്ന് ഇട്ടിട്ട് പൂജ്യമിടുന്ന പോലെ ഈ സത്യം അറിയാതെയാണെങ്കിൽ ചെയ്യുന്നതെങ്കിൽ ഒന്നിടാതെ പൂജ ഇടുന്ന പോലെയാണ് എത്ര പൂജ്യം ഇട്ടിട്ടും വിലയില്ല അപ്പൊ ഈ സത്യത്തിനും പ്രാമുഖ്യം കൊടുത്തുകൊണ്ട് എത്ര വേണമെങ്കിലും അനുഷ്ഠാനങ്ങൾ അതിനോട് കൂട്ടിച്ചേർത്താൽ ആ അനുഷ്ഠാനങ്ങളൊക്കെ ഫലിക്കും അതിൽ ഈ സത്യം നല്ലവണ്ണം തെളിഞ്ഞുകിട്ടാൻ ഭഗവാൻ ഇവിടെ പറഞ്ഞു വിഷയങ്ങളുമായിട്ട് അതായത് അസത് വസ്തുക്കൾ സത്തിനു പ്രാമുഖ്യം കൂടി അസത് വസ്തുക്കളോടുള്ള സമ്പർക്കത്തിനെ ഉപേക്ഷിക്കണം എന്ന് ഭഗവാൻ പറഞ്ഞു ധ്യായോ വിഷയാൻപുസംഗസ്തേഷൂപജായത്തെ സംഘാത്സഞ്ചായതേ കാമഹ കാമാത്ോധോ ഉപജായതേ പടിപ്പടിയായിട്ടുള്ള ചുതി പറഞ്ഞു ഇന്നലെ വിഷയങ്ങളെ സങ്കല്പ മണ്ഡലത്തിൽ കൊണ്ടുവരാതിരിക്കണം എന്നേ പറഞ്ഞുള്ളൂ വിഷയങ്ങളെ പ്രാരബ്ധവശാൽ വരുന്നതിനെ അനുഭവിക്കണ്ടെന്ന് പറഞ്ഞില്ലാ ഭഗവാൻ എന്നുവച്ചാൽ വിഷയങ്ങളെ അനുഭവിക്കാതെ ആർക്ക് ജീവിക്കാൻ പറ്റും നമ്മൾ ശ്വസിക്കുന്നതടക്കം വിഷയമാണ് കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ വിഷയമാണ് നമ്മൾ ഭക്ഷിക്കണ ആഹാരം വിഷയമാണ് അപ്പോ അത് അനുഭവിക്കാതെ ഒരാൾക്കും ജീവിക്കാൻ സാധ്യമല്ല പ്രാരബ്ദമനുസരിച്ച് വരുന്നതിനെ ഒരാൾക്കും തള്ളിക്കളയാനൊക്കെയില്ല പക്ഷെ അപ്പോ നമ്മളൊക്കെ വരുമ്പോ കുറെ വിഷയങ്ങൾ അനുഭവിക്കാനുള്ള പ്രാരബ്ധത്തോടെ വരുന്നു പക്ഷെ ഇവിടെ അനുഭവിക്കുന്തോറും വീണ്ടും വീണ്ടും അനുഭവിക്കാനുള്ള തൃഷ്ണയും വളരുന്നു അഗ്നിയിൽ എത്ര നെയ്യ് ഒഴിച്ചാലും അഗ്നി കെടലുക അഗ്നി ആളിക്കത്തുകയോ ഉള്ളൂ അതേപോലെ ആഗ്രഹങ്ങൾ സമ്പൂർത്തി ചെയ്യുന്തോറും ആഗ്രഹങ്ങൾ വളരുകയും ചെയ്യുന്നു രണ്ടു വഹിച്ചോ അപകടം അനുഭവിച്ചാലും അപകടം അനുഭവിച്ചിട്ടില്ലെങ്കിൽ സപ്രസ് ചെയ്താൽ അതും അപകടം അപ്പോഴാണ് ഭഗവാൻ ഒരു വഴി പറയുന്നത് അടുത്ത ശ്ലോകത്തിൽ സ്ഥിതപ്രജ്ഞത്തിലേക്ക് സ്ഥിതപ്രജ്ഞസ്ഥിതിയിലേക്കുള്ള ഒരു ഏറ്റവും ഉത്തമമായ പടവ് അതും ഗൃഹസ്ഥാശ്രമികളായിട്ടുള്ള നമ്മളെപ്പോലെ ഉള്ളവർക്ക് ലോകത്തിൽ അനേക ചെയ്യുന്നവരായ നമുക്ക് കുടുംബജീവിതത്തിൽ ഈ അടുത്ത ശ്ലോകം പോലെ ഒരു വഴികാട്ടി വേറെ ഒന്നുമില്ല ആ ശ്ലോകത്തിനെ ശരിക്കും നമ്മൾ അറിഞ്ഞുകൊണ്ട് അതിന്റെ മർമ്മം അറിഞ്ഞുകൊണ്ട് അഭ്യാസത്തിൽ കൊണ്ടുവരികയാണെങ്കിൽ പതുക്കെ പതുക്കെ പതുക്കെ പതുക്കെ മനസ്സ് ശാന്തമാവും ഈ പെട്ടെന്ന് ശാന്തമാവുന്നതിനെ വിശ്വസിക്കരുത് കേട്ടോ അതായത് ഒരു ഒരു ജപം ചെയ്തു അല്ലെങ്കിൽ ഒരു പാട്ടുപാടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെക്നീക്ക് ചെയ്തു ഒരാഴ്ച ചെയ്യുമ്പോഴേക്കും അങ്ങനെ എന്തോ കിട്ടി ചിലരൊക്കെ ചില ടെക്നിക്കൊക്കെ ഒരാഴ്ച ചെയ്തു കഴിഞ്ഞാൽ ഒക്കെ ശുഖബ്രഹ്മ മഹർഷിയെ പോലെ വർത്തമാനം പറയുന്നു കിട്ടിയ പോലെ തോന്നും അത് അത് വരുന്ന പോലെ പോകും എന്താന്ന് വെച്ചാൽ അത് എന്തോ ഒരു ബാഹ്യ കാരണത്തിനാൽ വന്നതാണ് ഇപ്പൊ ഈ സത്സംഗത്തിൽ ഏർപ്പെടുമ്പോ ഒരു ശാന്തി ഉണ്ടല്ലോ ആ ശാന്തി പോലും ഇപ്പൊ സത്സംഗത്തിൽ ഏർപ്പെടുന്നു അത് മനനം ചെയ്ത് സ്വായത്തമാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കും കേൾക്കുമ്പോൾ സുഖമായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ പോകുന്നുള്ള ഏർപ്പാട് പാടില്ല അത് വിചാരം കൊണ്ട് മനനം കൊണ്ട് നമുക്കത് സത്യമായിട്ട് തെളിയണോ അട്ടെ അപ്പൊ അടുത്ത ശ്ലോകവും അതേപോലെ മർമ്മം അറിഞ്ഞുകൊണ്ട് ആ ശ്ലോകത്തിനെ വ്യാവഹാരത്തിൽ കൊണ്ടുവരാൻ സാധിക്കുമെങ്കിൽ പതുക്കെ പതുക്കെ നമുക്ക് പതുക്കെ പതുക്കെ പതുക്കെ മനസ്സ് കെട്ടടങ്ങും ശാന്തി ഉണ്ടാവും അതിന് ഭഗവാൻ അടുത്ത ശ്ലോകം നോക്ക രാഗേഷ വിഷയാനിന്ദ്രിയൈശ്വരൻ ആത്മവശീർവിധേയാത്മാ പ്രസാദം അധിക നമ്മുടെ അമ്പലത്തിലൊക്കെ പോകുമ്പോ പ്രസാദം കിട്ടും പഴയകാലത്ത് പ്രസാദമില്ലെങ്കിൽ ആരും പോവില്ല അതിനു വേണ്ടിയിട്ടെങ്കിലും ഒരു പ്രസാദം കൊണ്ടുവയ്ക്കും ഇവിടെ ഭഗവാൻ പ്രസാദം എന്താണ് പറയാം യഥാർത്ഥ പ്രസാദം എന്താണ് ഭഗവാനെ കണ്ടാൽ പ്രസാദം കിട്ടും എന്ത് പ്രസാദമാണ് കിട്ടേണ്ടത് ചിത്തപ്രസാദം ഉള്ളില് ഉള്ള പ്രസന്നത യോഗസ്ഥിതിക്കാണ് ഭഗവാൻ ഇവിടെ പ്രസാദം എന്ന് പറയുന്നത് സമത്വം യോഗപുജത അതിനാണ് പ്രസന്നത ഉള്ളിലൊരു തെളിച്ചം ഇപ്പൊ മഴ പെയ്ത് മേഘോ ഒക്കെ ഒഴിയുമ്പോൾ ആകാശം അങ്ങനെ നിർമ്മലമായി തെളിയുന്ന പോലെ ഉള്ളിലൊരു തെളിച്ചം അതിനെ ഭഗവാൻ പ്രസാദം എന്ന് പറയുന്നത് ആ പ്രസാദ സ്ഥിതി എങ്ങനെ കൈവരും എന്നുവെച്ചാൽ രാഗദ്വേഷ്യുക്തൈഹി ഈ പാമ്പൊക്കെ ചിലരെ കൊണ്ടുവരും കഴുത്തിലൊക്കെ ധരിച്ചും കൊണ്ടുവരും ചിലപ്പോ അതൊക്കെ ഈ വിഷപ്പല്ല് പോയ പാമ്പാണ് അപ്പൊ അത് കടിച്ചാലും കൊത്തിയാലും ഒന്നും ആവില്ല അപ്പൊ ധൈര്യമായിട്ട് പാമ്പിനെ കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടില്ല അതേപോലെ നമ്മളുടെ മനസ്സിന് രണ്ട് വിഷപ്പല്ലുണ്ട് അത് പറിച്ചു പിന്നെ മനസ്സ് ചിന്തിച്ചാലും ചിത്തവൃത്തികൾ കൊണ്ടുവന്നാലും എത്ര വിചാരം വന്നാലും ഉള്ളിലൊരു ശാന്തി ഉണ്ടായിക്കൊണ്ടേയിരിക്കും അല്ലാതെ മനസ്സിനെ അങ്ങനെ നിശ്ചലമാക്കി നിർത്തണം എന്നില്ല ചിത്തവൃത്തികൾ ഉദിച്ചാലും ശരി എന്താന്ന് വെച്ചാൽ മനസ്സ് നമ്മളല്ല പിന്നെ മനസ്സ് ചിന്തിച്ചാൽ എന്തുവേണം ചിന്തിച്ചിട്ടില്ലെങ്കിൽ എന്തുവേണം പക്ഷേ ജാഗ്രതയായിരിക്കേണ്ടത് ബുദ്ധിയുടെ മണ്ഡലത്തിൽ ഒരു ചെറിയ ഒരു മാറ്റം ഭഗവാൻ പറയുന്നു രാഗം ദ്വേഷം അതായത് അറ്റാച്ച്മെന്റ് ആൻഡ് അവേർഷൻ ഇത് രണ്ടും എടുത്തു കളഞ്ഞിട്ട് ഓടിപ്പോകുന്നു വേണ്ടാതാണ് വിഷയാൻ ഇന്ദ്രിയൈ ചരന്ന് വിഷയങ്ങൾ നമ്മളുടെ മുമ്പിലുള്ള വിഷയങ്ങൾ പ്രാരബമനുസരിച്ച് എന്തൊക്കെ കുടുംബകാര്യങ്ങൾ സുഖം ദുഃഖം വ്യവഹാരം എന്തൊക്കെ അതൊക്കെ സ്വധർമ്മം എന്ന് കരുതി അതിൽ അല്പം പോലും പറ്റലോ അല്ലെങ്കിൽ വെറുപ്പോ ഇല്ലാതെ പ്രവർത്തിച്ചോളുക ഒന്നും വിട്ട് ഓടിപ്പോയിട്ട് കാര്യമില്ല കാരണം അത് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ പ്രസാദം വരില്ല അതാണ് വേറെയൊരു കാര്യം പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഇയാൾക്ക് ഈ പ്രവർത്തിക്കാനുള്ള ആഗ്രഹം ഉള്ളിൽ നിന്നുകൊണ്ടേയിരിക്കും വിട്ടുപോകില്ല എന്താണെന്ന് വെച്ചാൽ ആഗ്രഹം ഇയാൾക്ക് കർമ്മം കർമ്മവാസന അകത്തുള്ള ആളെ പിടിച്ച് സന്യാസിപ്പിച്ച് എവിടെങ്കിലും ഏകാന്തത്ത് കൊണ്ടിരുത്തിയാൽ അവിടെ ഒരു വലിയൊരു സംസാരം ഉണ്ടാക്കി കിടന്നു എവിടെ പോയിട്ടും കാരണം ഇയാളുടെ ഉള്ളിൽ കർമ്മവാസനുണ്ട് ഇയാൾക്ക് കാഷായം കൊടുത്ത് എവിടെയെങ്കിലും കൊണ്ടിരുത്തിയാലും അവിടെ ഇയാൾ ഒരു വലിയ കർമ്മലോകം ഉണ്ടാക്കി കളയും കർമ്മമണ്ഡലം ഉണ്ടാക്കിക്കിടയ് ഒരു മഹാത്മാവിനോട് ഒരാൾ ചോദിച്ചു ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ നടത്താനുള്ള ഒരു വാസനയുള്ള ഒരാളെ സന്യാസിയാക്കിയാൽ അയാൾ രക്ഷപ്പെടുവോ എന്ന് ചോദിച്ചു അപ്പൊ ഗുരു പറഞ്ഞത് അയാൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിന് തുല്യമായിട്ടൊരാശ്രമുണ്ടാക്കും എന്താന്ന് വെച്ചാൽ ഈ വാസന തുല്യമാണേ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോയാൽ അവിടെയും ഇതേ വാസന പ്രവർത്തിക്കും അപ്പോ നമുക്ക് നമ്മളുടെ സ്വഭാവത്തിനെ ഒഴിച്ചു മാറ്റണം നമുക്ക് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് സ്വരൂപം ഒന്ന് സ്വഭാവം സ്വരൂപം എല്ലാവർക്കും ഒരേപോലെയാണ് ഈ ഞാൻ എന്നുള്ള അനുഭവത്തിനെ പറയണമല്ല അത് സ്വരൂപം അത് ആർക്കും മാറ്റമില്ല എല്ലാവർക്കും തുല്യം പക്ഷെ നിങ്ങളെ എന്നിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്നത് എന്താ സ്വഭാവം ഈ സ്വഭാവം എന്നുള്ളത് പ്രകൃതിയാണ് അത് ഓരോരുത്തർക്കും ഓരോ സ്വഭാവം ആ സ്വഭാവത്തിനെ ഒഴിച്ചു മാറ്റുന്നതിന് പേരാണ് മുക്തിക്ക് സ്വരൂപത്തിൽ നിന്നുകൊണ്ട് സ്വഭാവത്തിനെ പതുക്കെ പ്രവർത്തിച്ച് കളയണം അത് നമ്മളിൽ നിന്നും വിട്ടുപോകണം സ്വഭാവം അല്ലാതെ സ്വഭാവത്തിനെ സപ്രസ് ചെയ്യലോ അടിച്ചു മാറ്റലോ ഒന്നും പറ്റില്ല സ്വരൂപത്തിന്റെ ആശ്രയത്തിൽ സ്വഭാവത്തിന് സ്വഭാവം എന്ന് വെച്ചാൽ മനസ്സ് ശരീരത്തിന്റെ പ്രകൃതി ചില പല വാസനകൾ അപ്പൊ അവരവരുടെ വാസനക്കനുസരിച്ച് സ്വരൂപത്തിനെ അറിഞ്ഞുകൊണ്ട് സ്വഭാവത്തിനെ പ്രവർത്തിയിൽ കൊണ്ടുവരുമ്പോ സ്വകർമ്മണാത്തമഭ്യർത്ഥ സിദ്ധിം വിന്ദതി മാനവ അത് പൂജയായിട്ട് മാറും അയാളുടെ സ്വഭാവം പുറമേക്ക് പോകുന്നത് തന്നെ പൂജയായിട്ട് മാറും അയാൾക്ക് എന്ത് സ്വഭാവം വേണ്ടില്ല ആ സ്വഭാവം പ്രവർത്തിച്ച് തന്നെ മാറ്റണം അപ്പോ പക്ഷെ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ എന്താവും കൂടുതൽ കൂടുതൽ കൂടുതൽ അതിലൂട്ടിപ്പോകും അതിനാണ് ഭഗവാൻ പറഞ്ഞത് രാഗദ്വേഷങ്ങൾ എടുത്തു കളഞ്ഞിട്ട് പ്രവർത്തിക്കും രാഗദ്വേഷം എങ്ങനെ എടുക്കും ജഗത് മുഴുവൻ ഈശ്വര സ്വരൂപം എന്ന് ഉറപ്പിച്ചാൽ രാഗദ്വേഷങ്ങൾ ബാധിക്കില്ല കാണുന്നത് മുഴുവൻ ഭഗവത് സ്വരൂപം എന്ന് ഉറപ്പിച്ച് രാഗദ്വേഷം കൂടാതെ എന്തെങ്കിലുമൊക്കെ എതിർച്ചയാ വരുന്നുവോ അനുഭവിച്ചോളാം പക്ഷെ നാളെയും വേണമെന്ന് ആഗ്രഹിക്കരുത് അന്ന് ഭരദ്വാജാശ്രമത്തിലെ വിരുന്നു പറഞ്ഞ പോലെ ഒരു ദിവസം ചാപ്പാട് കിട്ടിയോ ശരി സുഖമായി ചാപ്പാട് നാളെയും ഇവിടെ കിട്ടുന്നു പറഞ്ഞ് ഇന്ന ഓടിച്ചു ഒരു ദിവസം ചിലപ്പോൾ സുഖം കിട്ടിയോ ആ സുഖം അനുഭവിച്ചോളാം പക്ഷെ അടുത്ത ദിവസം ആ സുഖം വേണം എന്ന് ആഗ്രഹിച്ചാൽ ഇതാണ് മനസ്സ് എപ്പോഴും എന്ത് ചെയ്യും ഒരു സുഖം വാസന ഉണ്ടാകുമ്പോൾ അതിനോടൊപ്പം രാഗം എന്നൊരു വാസനയും പൊന്തി വന്നിട്ട് നാളത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കും ദുഃഖം വരുമ്പോ എന്ത് ചെയ്യും നാളെ വരാൻ പാടില്ല എന്ന് ഇപ്പൊ തന്നെ തീരുമാനിക്കും ഇവിടെ സുഖവും ദുഃഖവും ഭഗവാന്റെ പ്രസാദമാണ് എന്ന് ഉറപ്പിക്കാമെങ്കിൽ ജീവിതത്തിൽ വരുന്ന അനുഭവമൊക്കെ പ്രസന്നതയെ തരും നമുക്ക് ദുഃഖം പോലും പ്രസന്നതയെ തരും ചിലരൊക്കെ ഭഗവാനോട് ദുഃഖം തരണേന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം എത്രയോ സാധുക്കൾ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് ദുഃഖം വന്നാൽ മനസ്സ് പ്രസന്നം വിവേകാനന്ദ സ്വാമി ഒരടുത്ത് പറയുന്നു ദർ ഇസ് ഡീപ് എക്സ്ട്രസി ഈവൻ ഇൻ പെയിൻ എന്നാണ് വേദന അനുഭവിക്കുമ്പോൾ പോലും അതിന് പുറകിൽ ഒരു എക്സ്ട്രസീവുണ്ട് ഒരു ആനന്ദമുണ്ടെന്നാണ് ആർക്ക് തത്വമറിഞ്ഞ ആൾക്ക് തത്വമറിഞ്ഞ ആൾക്ക് വേദന പോലും ആനന്ദതമായിട്ട് തീരും എന്തുകൊണ്ട് അയാൾ ഒന്നിനോടും പറ്റിക്കൂടാത്തത് രാഗമോ ദ്വേഷമോ അയാളുടെ ഉള്ളിൽ ഇല്ലാത്തതുകൊണ്ട് ആത്മവശീർ വിധേയാത്മാ പ്രസാദമ തികച്ചത് മനസ്സ് ഇന്ദ്രിയം വഴി പുറത്തു തന്നെ ഉള്ളിൽ പ്രസന്നത ഉണ്ടാവും ഫലം അതാണ് അടുത്ത ശ്ലോകം നോക്കാം ഹാനിരത്തെ ബുദ്ധി പര്യവത്തെ പ്രസാദേദുഃഖാ ഹാനി അഗമേ ചിത്തം പ്രസന്നമായാൽ സകല ദുഃഖങ്ങളും അപ്പതന്നെ ഇല്ലാതായിത്തീരുന്ന എന്താണെന്ന് വെച്ചാൽ എല്ലാ ദുഃഖവും മനസ്സാണ് മനസ്സിന്റെ കണ്ടെൻസ്ഡ് ഫോമാണ് ഈഗോ അഹങ്കാരം അഹങ്കാരം അവിടുന്ന് ഇല്ലാതായിത്തീർന്നാൽ ഉള്ളിൽ തെളിച്ചമുണ്ടായി രാഹു മുക്ത ഇവ ദിവാകര രാഹു വിട്ടുപോയി സൂര്യൻ പ്രകാശിക്കുന്ന പോലെ ഈ അഹങ്കാരഗ്രഹാൻമുക്ത സ്വരൂപമുപദ്ധ്യത ചന്ദ്രവദ് വിമല പൂർണ്ണ സദാനന്ദ സ്വയം പ്രഭ വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ പറയുന്നു അഹങ്കാര ഗ്രഹാത് മുക്ത അഹങ്കാരമാവുന്ന രാഹുവിന്റെ പിടിയിൽ നിന്ന് വിമുക്തമാവുമ്പോ സ്വരൂപം ഉപപദൃതെ സ്വരൂപം അയാൾക്ക് പ്രകാശിക്കും എങ്ങനെ ചന്ദ്രവത് വിമല സദാനന്ദ സ്വയം പ്രഭാണ് പൂർണചന്ദ്രൻ പോലെ സ്വയം സാധാരണ ചന്ദ്രൻ സ്വയംപ്രഭമല്ല ഇവിടെ ചന്ദ്രനെ പോലെ കുളിർമ അതിനാണ് ചന്ദ്രനെ ഉദാഹരണമാക്കിയെടുത്തത് ചന്ദ്രനെ പോലെ വിമലമായ ഭാവം സദാനന്ദ സദാ ആനന്ദം തരുന്നതും സ്വയം പ്രകാശവുമായ ഒരു അനുഭൂതി അകമയ്ക്ക് അഹങ്കാരം പോകുമ്പോ ഈ അഹങ്കാരം എപ്പോ പോകും മനസ്സ് പ്രസന്നമാകുമ്പോ മനസ്സ് എപ്പ പ്രസന്നമാകും അതിനും വിവേക ചൂടാമണിയിൽ തന്നെ ആചാര്യസ്വാമികൾ പറയുന്നു ബാഹ്യേ നിരുദ്ധേ മനസ്പ്രസന്നത മനഃപ്രസാദേ പരമാത്മദർശനം തസ്മിൻ സുദൃഷ്ടേ ഭവന്ധനാശ ബഹിർനിരോധ പദവീ വിമുക്തേ പടിപ്പടിപ്പടി ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ആചാര്യസ്വാമികളുടെ വിവേക ചൂടാമണി പോലെ ഒരു ഗ്രന്ഥം നമുക്ക് ഈ സത്യദർശനത്തിന് വഴികാട്ടിയായിട്ടൊന്നുമില്ല ബാഹ്യേ നിരുദ്ധേ മനസ്സപ്രസന്നത ഈ പുറമേക്ക് തെണ്ടുന്ന മനസ്സിനെ അങ്ങനെ പുറം പോകാതെ നിർത്തിയാൽ ഉള്ളു തെളിയുന്നതാണ് മനസ്സ് പ്രസന്നും മനസ്സ് മനസ്സ് പ്രസന്നമായ പരമാത്മദർശനം എന്ന് വെച്ചാലോ പരമാത്മാ എവിടുന്നെങ്കിലും ശങ്കചക്രകഥാപണിയായി മുമ്പിൽ നിൽക്കണമെന്നില്ല നമ്മളുടെ അകമേ തന്നെ ഉള്ള അഹമാത്മാഗുഢാകേശ ഈ ജീവൻ എന്ന് തോന്നുന്നതുണ്ടല്ലോ അത് തന്നെ പരമാത്മ സ്വരൂപമായി പ്രകാശിക്കും ഇപ്പോ കയറിനെ പാമ്പെന്നു കരുതുന്ന പോലെ കുറ്റിയെ ഭൂതമെന്നു കരുതുന്ന പോലെ പരമാത്മാവിനെ നമ്മൾ ഒരു കൊച്ചഹന്തയായിട്ട് ജീവാത്മാവായി വേഷം കെട്ടി നിർത്തിയിരിക്കുന്നു അതുതന്നെ മനസ്സ് ചിത്തം തെളിയുമ്പോ ശുദ്ധമാവുമ്പോ പരമാത്മദർശനം പരമാത്മദർശനം നല്ല ഉണ്ടായി എന്താ തെളിവ് തസ്മിൻ സുദൃഷ്ടെ നല്ലവണ്ണം കണ്ടാണ് നല്ലവണ്ണം കാണുക എന്ന് വെച്ചാൽ ഒരു തടസ്സമില്ലാതെ പ്രതിബന്ധശൂന്യമായ ദർശനം പ്രതിബന്ധം എപ്പോ വാസന ഉള്ളത്തോളം പ്രതിബന്ധം ഉണ്ടായിക്കൊണ്ടേയിരിക്കും യഥാ യഥാ പ്രത്യേക അവസ്ഥിതം മനഃ തഥാ തഥാ മുഞ്ചതി ബാഹ്യവാസനാഹ निशेष मोक्षे सी वाना आत्मा प्रतिबंध शून्यपो स्वरूप न श्रद्ध पद असन अलपअलपअपम भस्मको वासमया प्रतिबंधमी आत्माुभूति तटमिल आत्माुभूति तटमानुभूति तस्वंधनाश नव अगम की बोधम तेली संसार बंधनाशं ബഹിർനിരോധ പദവി വിമുക്തേഹ് മുക്തിക്കുള്ള മാർഗം ബഹിർനിരോധമാണെന്നാണ് പുറമേക്കുള്ള ഈ ചലനത്തിനെ നിർത്തുക മനസ് അന്തർമുഖമാക്കുക അതാണ് ബഹിർനിരോധ പദവി വിമുക്തേഹ് അതിനാണ് ഇവിടെയും കൂർമോ അങ്കാനീവ എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ അകൂർമ്മ യോഗം അങ്ങനെ പ്രസന്നചേതസോ ഹി ആശു ബുദ്ധി പര്യവതിഷ്ഠതേ പ്രസന്ന ചിത്തനായാൽ ബുദ്ധി ജ്ഞാനം അയാൾക്ക് ചുറ്റും പരന്നു നിൽക്കും എന്നാണ് എന്ന് വെച്ചാൽ ഒരു പുഷ്പത്തിൽ സുഗന്ധം പരക്കുന്ന പോലെ ഒരു ചന്ദനത്തിരി കൊളുത്തുമ്പോ അതിന്റെ സുഗന്ധം പരക്കുന്ന പോലെ ഈ ഹൃദയത്തിൽ അനുഭൂതി ജീവൻമുക്തനു ചുറ്റും ആ ജ്ഞാനുഭൂതി അങ്ങനെ തളം കെട്ടി നിൽക്കും മഹാത്മാക്കളെ കാണാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടുള്ളവർക്ക് അറിയാം പ്രബലമായിട്ട് കത്തികൊണ്ടങ്ങനെ വേട്ടാം എന്നുള്ള മാതിരി ആ സന്നിധി അത്ര പ്രബലമായിട്ട് സോളിഡായിട്ട് ആ പ്രാബല്യം പൂവിൽ നാറ്റം പോന്റ് ഉയർന്ന് എങ്കും മേവിയ പെരുമൈ തിരുവാചകത്തിൽ മാണിക്യവാചകർ പറയുന്നു അദ്ദേഹം സദ്ഗുരുവിനെ കണ്ടു അത്ര സദ്ഗുരുവിനെ ഒരു പുഷ്പത്തിൽ സുഗന്ധം എന്ന വർണ്ണം ആ സദ്ഗുരുവിന്റെ സന്നിധിയിൽ ആ ഭക്തി അഥവാ ആത്മാനുഭവം അഥവാ ശിവാനുഭൂതിയുടെ പരിമളം അങ്ങനെ കട്ട പിടിച്ചു നിൽക്കണമെന്നാണ് ഹൃദയത്തിൽ ഈ പുഷ്പം വെരിയുമ്പോ ഹൃദയ കഞ്ചം വെരിയുമ്പോൾ ഹൃദയത്തിൽ അനുഭൂതിയുടെ പുഷ്പം വിരിയമ്പോ പുറമേക്ക് അതിന്റെ സുഗന്ധം സർവത്ര നിക്കുന്നു ബുദ്ധി പര്യവതിഷ്ഠതയെ എന്നുള്ളത് രണ്ടർത്ഥം ഒന്ന് അകമയ്ക്ക് ബുദ്ധി സ്വരൂപത്തിൽ നിഷ്ഠമാകുന്നു രണ്ട് ആ ബുദ്ധി തന്നെ സർവത്ര വ്യാപിച്ച് വാസുദേവ സർവമിത്തി സർവവും ഭഗവത് സ്വരൂപം അതിന് തന്നെ ഭാഗവതം ആൻവീക്ഷികി എന്ന് പറഞ്ഞു അൻവീക്ഷിക ആൻവീക്ഷികി എന്ന് വെച്ചാൽ അനുവസ്തുവിലും ബ്രഹ്മത്തിനെ ഈക്ഷണം ചെയ്യുന്ന വിദ്യയാണ് അൻവീക്ഷിക അതിനെ സാധാരണ ശാസ്ത്രങ്ങൾ അനുസരിച്ച് അൻവീക്ഷിക്കുള്ളത് വേറെ ഒരു വിദ്യയാണ് പക്ഷെ ഭാഗവതകാരൻ അൻവീക്ഷിക്കു പറയുമ്പോൾ വൈശാരഥി അൻവീക്ഷിക എന്നൊക്കെ ഈ അനുഭൂതിക്ക് ഭാഗവതത്തിൽ പറയുന്നു വൈശാരഥീ സാതി വിശുദ്ധ ബുദ്ധി ദുനോതിമായാം ഗുണസംപ്രസൂതാം ഈ വൈശാരഥീ ബുദ്ധി ഉള്ളിലുണ്ടാവുമ്പോ സത്വം രജസ് തമസ് എന്നുള്ള ഗുണങ്ങളെയൊക്കെ തുടച്ചു നീക്കി അവിടെ ഹൃദയത്തിൽ ഭഗവാൻ പ്രകാശിക്കണമെന്നാണ് ഹൃദയത്തിൽ ഭഗവാൻ പ്രകാശിച്ചാലോ സർവത്ര ഭഗവാൻ പിന്നെ ഭഗവാൻ അല്ലാതെ മറ്റൊന്നുമില്ല ഹൃദയത്തിൽ ഭഗവാൻ പ്രകാശിച്ചിട്ടില്ലെങ്കിലോ ഒരിടത്തും കാണില്ല അതാണ് ഹിരണ്യകശുവും പ്രഹ്ലാദനും ഒരേയിടത്തും നിൽക്കണു ഒരേ റൂമിൽ നിൽക്കണു ഹിരണ്യകശുപു ചോദിക്കുന്നു എവിടെയേടാ തന്റെ ഹരി എവിടെ വിഷ്ണു പ്രഹ്ലാദൻ പറയണു അച്ഛാ വിഷ്ണു അല്ലാതെ ഒന്നും കാണാനില്ലല്ലോ എല്ലാം സർവത്ര ദൃശ്യത്തെ ഹിരണ്യകശിവ് പറഞ്ഞു ന ദൃശ്യതയെ നദൃശ്യത ഒരിടത്തും കാണാനില്ലല്ലോ വിഷ്ണുവിനെ അച്ഛാ അച്ഛൻ പിടിച്ചിരിക്കുന്ന വാളിൽ വിഷ്ണുണ്ട് പിടിച്ചിരിക്കുന്ന കയ്യിൽ വിഷ്ണുണ്ട് എവിടെയെന്ന് ചോദിക്കുന്ന ആ ദൃഷ്ടിയിൽ ഞാൻ വിഷ്ണുവിനെ കാണുന്നു ഞാൻ കാണുന്നില്ല എന്ന് പറയണല്ലോ അവിടെ വിഷ്ണുണ്ട് പക്ഷേ ഹിരണ്യകശിവ പറഞ്ഞു കാണാനില്ല കാണാനില്ല എവിടെ രണ്ടുപേരും ഒരേ സ്ഥലത്ത് നിൽക്കുന്നു എന്തുപറ്റി ഒരാള് ഹൃദയത്തിൽ വിഷ്ണുവിനെ കണ്ടതുകൊണ്ട് എല്ലായിടത്തും വിഷ്ണു ഒരാൾക്ക് ഹൃദയത്തിൽ വിഷ്ണു ഇല്ലാത്തത് കൊണ്ട് ഒരിടത്തും വിഷ്ണുവിനെ കാണാൻ വയ്യ അതുകൊണ്ട് ഒരാൾ പ്രഹ്ലാദൻ ഒരാൾ ഹിരണ്യ കശവും പ്രഹ്ലാദൻ എന്നു വെച്ചാൽ ആനന്ദമുള്ളവെന്നർത്ഥം പ്രകർഷയാണ് ആനന്ദമുള്ളവ അപ്പോ സർവത്ര ഭഗവാനെ കാണുന്നു ഒരു ഹൃദയത്തിൽ സത്യത്തിനെ ദർശിച്ച ആള് ഭഗവാൻ അല്ലാതെ മറ്റൊന്നും കാണാനില്ല അല്ലെങ്കിൽ നമ്മൾ ഭഗവാൻ ഭഗവാൻ എന്നൊക്കെ പറയും എവിടെ അന്വേഷിച്ചാലും ഭഗവാനെ കണ്ടുകിട്ടില്ല എന്നാണ് എവിടെ ഏത് സ്ഥലത്തും അന്വേഷിച്ചാലും ഈശ്വരനെ ഹൃദയത്തിലല്ലാതെ സ്വാമി രാമതീർത്ഥൻ ഒരിക്കൽ രാമതീർത്ത ഷോപ്പനർ എന്ന വലിയ ചിന്തകൻ പറഞ്ഞു ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു സീ ഗോഡ് ഓർ അൾട്ടിമേറ്റ് ട്രൂത്ത് ഇൻ വൺസ് സെൽഫ് അപ്പൊ രാമതീർത്ഥസ്വാമികൾ പറഞ്ഞു ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ബട്ട് യു കനോട്ട് സീഡ് എനി വെർഎൽസ് ഈശ്വരനെ ഹൃദയത്തിൽ കാണുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് ആ ചിന്തകൻ പറഞ്ഞ രാമതീർത്ഥസ്വാമികൾ പറഞ്ഞു അത് ബുദ്ധിമുട്ടുണ്ടാവുമായിരിക്കാം പക്ഷെ വേറെ ഒരിടത്തും കാണാൻ ഒക്കില്ലല്ലോ പിന്നെന്ത് ചെയ്യും നമ്മൾ അവിടെ ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നോക്കണമേ രണ്ട് യാത്രികന്മാർ ഒരു യാത്രികൻ കുറച്ച് പണവും ഒക്കെ ആയിട്ട് പട്ടണത്തേക്ക് പോവുകയാണ് അയാളുടെ കൂടെ മറ്റൊരാൾ കൂടി ഒരു കള്ളനും കൂടി ഇയാളുടെ കയ്യിൽ പണമുണ്ടെന്ന് അറിയാം തട്ടിയെടുക്കാനായിട്ട് കൂടി ഇവര് രണ്ടുപേരും കൂടെ ഒരു സത്രത്തിൽ താമസിച്ചു സത്രത്തിൽ രണ്ടുപേരും ഉറങ്ങി വർത്തമാനം പറഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞപ്പോ ഈ കള്ളൻ പതുക്കിറങ്ങി തന്റെ കൂട്ടുകാരന്റെ ബാഗിലൊക്കെ തെരഞ്ഞു ഈ കൂട്ടുകാരൻ കിടക്കുന്ന തലേണയുടെ അടിയിലടക്കം കൈയിട്ടു നോക്കി ഇയാൾ അങ്ങോട്ട് തിരിയുമ്പോ അവിടെ ഇട്ടുനോക്കി ഇങ്ങോട്ട് തിരിയുമ്പോ ഇവിടെ ഇട്ടു നോക്കി പുതപ്പിന്റെ ഇടയിൽ കൈയിട്ടു നോക്കി ഇയാളുടെ ഷട്ടറിൽ കൈ എല്ലായിടത്തും അന്വേഷിച്ചു ഒരിടത്തും കിട്ടിയില്ല പണം അപ്പൊ എവിടെ വിളിച്ചു വെച്ചു അറിഞ്ഞില്ല രണ്ടുപേരും കിടന്നു അയാളും പറഞ്ഞു അടുത്ത ദിവസം യാത്ര പോകുമ്പോ പട്ടണത്തിൽ എത്താറായപ്പോ പതുക്കെ ഇയാൾ ചോദിച്ചു കള്ളന്മാരൊക്കെ ഒരുപാടുണ്ട് നിങ്ങൾ എവിടെയാ പണം എന്നല്ല രാത്രി വെച്ചത് വെച്ചു നിങ്ങളുടെ തലയണയുടെ അടിയിലാണോ തോന്നുന്നത് എന്താണെന്ന് വെച്ചാ അവിടെ മാത്രം അന്വേഷിക്കില്ല അറിയാം ബാക്കി എല്ലായിടത്തും അന്വേഷിക്കും അതാണ് ഹിരണ്യകശിപുവിന്റെ ബുദ്ധി ഹിരണ്യകശിപു വൈകുണ്ഠത്തിലെ വിഷ്ണുവിനെ അന്വേഷിച്ചു ബഹിർദൃഷ്ടേഹെ അന്തർദയെ സൂക്ഷ്മുഷ ഇവൻ ബഹിർദൃഷ്ടിയായ ഇവന്റെ ഹൃദയത്തിൽ ഭഗവാൻ പ്രവേശിച്ചിരുന്നു എന്താന്ന് വെച്ചാൽ ഇവൻ അവിടെ മാത്രം നോക്കില്ല എന്ന് ഭഗവാൻ അറിയാം അപ്പൊ ഭഗവാൻ സേഫായിട്ട് അവിടെയിരുന്നു അപ്പൊ ഭഗവാൻ നമ്മളുടെ സ്വസ്വരൂപമായിട്ട് സിദ്ധമാണ് സിദ്ധമായ വസ്തുവാണ് അവിടെ കാണുമ്പോ പര്യവതിഷ്ഠത സർവത്ര ഭഗവാനെ വാസുദേവ സർവമിതീ സമഹാത്മാ സുദുർലഭ കാണുന്നതൊക്കെ വാസുദേവ സ്വരൂപമായിട്ട് കാണുന്നതൊക്കെ ഭഗവത് സ്വരൂപമായിട്ട് കാണും ഏതിലും ഹൃദയത്തിൽ ഭഗവാനെ കണ്ട ആൾക്ക് എവിടെയും ഭഗവാനെ കാണും തിരുവണ്ണാമലയിൽ ശേഷാദ്രി സ്വാമികളിൽ ഇന്നൊരു സിദ്ധ പുരുഷനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒരു ഭക്തൻ ചെന്നു പറയും സ്വാമി എനിക്ക് ബ്രഹ്മോപദേശം ചെയ്യൂ എനിക്ക് ബ്രഹ്മോപദേശം ചെയ്യും സ്വാമികളെ ചിലപ്പോ കല്ലെടുത്തെറിയും ചിലപ്പോ ചീത്ത വിളിക്കും എന്തെങ്കിലും അങ്ങനെ ഒരു അങ്ങനെയായിരുന്നു അദ്ദേഹം ബാലോന്മത്ത പിശാചവത്ത് അദ്ദേഹം പിശാചവത്ത് ആയിരുന്നു ചിലപ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ ചര്യകളൊക്കെ അങ്ങനെയായിരുന്നു ചിലപ്പോ കല്ലെടുത്തെറിയും ചിലപ്പോ ചീത്ത വിളിക്കും ചിലപ്പോ ചില ആളുകളെ വിളിച്ചു ഉപദേശിക്കും അദ്ദേഹം ഇങ്ങനെ അലഞ്ഞു നടക്കും തിരുവണ്ണാമല അദ്ദേഹത്തിന്റെ ലീലകളൊക്കെ വളരെ വിചിത്രമാണോ അപ്പൊ ഈ ഭക്തൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും എനിക്ക് ബ്രഹ്മോപദേശം ചെയ്യൂ സ്വാമി അപ്പൊ ഒരു ദിവസം സ്വാമി ഒരു എരുമയെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് ഈ ഭക്തം കണ്ടു അത് നല്ല രസമായ സന്ദർഭം എന്താണെന്ന് വച്ചാൽ സ്വാമികൾക്ക് ഒരു വലിയ പണക്കാരൻ നല്ലൊരു ഷാൾ കൊടുത്തിട്ടുണ്ട് സ്വാമികളുടെ കഴുത്തിൽ ഇട്ടു കൊടുത്തു ഈ പണക്കാരന്റെ വിചാരം സ്വാമികൾ ഈ ഷാൾ ഇട്ടുകൊണ്ട് നടക്കണമെന്നാണ് സ്വാമികൾക്ക് സകല പേരുടെ ചിത്തവും അറിയാം നിങ്ങൾ കൊടുക്കുന്നത് എന്ത് കൊടുക്കണമെന്ന് അദ്ദേഹം നോക്കുകയല്ല എന്ത് മോട്ടീവാണ് അതിന് പുറകിൽ നിന്നുള്ളതേ നോക്കുകയുള്ളൂ അദ്ദേഹത്തിന് ഇദ്ദേഹം കൊടുത്ത ഷാള് സ്വാമികൾ ഇട്ട് നടന്ന് നാലുപേരോട് പറയണമല്ലോ ഇദ്ദേഹം ഇപ്പൊ എന്താ ചെയ്യണത് വെച്ചാല് ഈ എരുമയെ പിടിച്ചു നിർത്തിയിട്ട് ഈ ഷാള് ഭംഗിയായി കത്തിരിച്ച് അത് അവിടെ ഓരോ നൂലൊക്കെ പെർത്തെടുത്ത് നാട പോലെ ആക്കി മാല പോലെ ആക്കി ഈ എരുമയുടെ രണ്ടു കൊമ്പിലും ഓരോ കഷ്ണം വാലിലോരോ കഷ്ണം വയറ്റിലോരോ കഷ്ണം അപ്പൊ ഈ ഭക്തൻ ചോദിച്ചു സ്വാമി എന്നെ പണ്ടേ സ്വാമി എന്നെ പണ്ടത് തിരുവനന്തമലയിൽ ഭാഷ എങ്ങനെയാണ് എരുമയോടെ കെട്ടിക്കൊടുത്താ നാട്ടിലുള്ളവരും ഒക്കെ കാണും അതിനു വേണ്ടിയെരുമയോടെ വാലിലും കൊമ്പിലും ഒക്കെ കെട്ടിക്കൊടുക്കണം വെച്ചിട്ടുണ്ട് സ്വാമി എണ്ണ ഇങ്ങനെ പളവളന്ന് മിന്നിണ്ടവൻ എന്താ സ്വാമി എണ്ണ ഇങ്ങനെ ഒഴിച്ച തേച്ച് കുളിക്കണ്ടേ അത് അവനൊരു കുപ്പി എണ്ണ തന്നു ഈ എണ്ണ സ്വാമി തേച്ച് കുളിക്കണം അപ്പൊ ഈ എണ്ണ ഞാൻ ഇങ്ങനെ വെച്ചുകൊണ്ട് നടന്നാലേ നാലു പേരോട് അവന് പറയാൻ പറ്റുള്ളൂ സ്വാമിയുടെ മേലെ മിന്നുന്ന എണ്ണ ഞാൻ കൊടുത്തതാണോ പറയാലോ അങ്ങനെയൊക്കെ ഒരു കളി അപ്പൊ ഈ എരുമയെ വെച്ചുകൊണ്ട് നിൽക്കണോ അപ്പൊ ഈ ഭക്തൻ ഇങ്ങനെ ചോദ്യം ചോദിച്ചുകൊണ്ടേ ഇരിക്കുമ്പോ ഏ ഇത് എന്നത് എമേ സ്വാമി എന്താ ചോദിച്ചു എരുമയാണ് പിന്നെയും ചോയിച്ചു ഇത് എന്നത് എന്താ സ്വാമി എരുമേ ഇങ്ങനെ തുറച്ചു നോക്കി ഭക്തനെ എന്നിട്ട് പിന്നെയും ചോദിച്ചു ഇത് എന്നത് എരുമേ സ്വാമി അവനെങ്ങനെ നോക്കിട്ട് എരുമേ അയാളെ എരുമേ എന്ന് വിളിച്ചു എന്താണെന്ന് വെച്ചാ നിന്റെ ഉള്ളിൽ എരുമയുള്ളത് കൊണ്ടാണ് നമുക്ക് എന്തും നമ്മൾ അതല്ലാതെ നമുക്ക് കാണാൻ പറ്റില്ല അതാണ് അതിന്റെ തത്വം നമുക്ക് ഉള്ളിൽ കാമുണ്ടെങ്കിൽ പുറമേക്ക് കാമം ഉള്ളിൽ അസൂയ ഉണ്ടെങ്കിൽ അസൂയ ഉള്ളിൽ കോപം ഉണ്ടെങ്കിൽ പുറമേക്ക് കോപം നമ്മളുടെ ഉള്ളിലുള്ള പദാർത്ഥങ്ങളാണ് പ്രപഞ്ചരൂപത്തിൽ വിസ്തരിച്ച് കാണപ്പെടുന്നത് ആ തത്വത്തിനെ ബോധിപ്പിച്ചുകൊണ്ട് തന്നെ സ്വാമി എരുമേ എന്ന് വിളിച്ചു എരുമേ തന്റെ ഉള്ളിൽ എരുമയുള്ളത് കൊണ്ടാണ് പുറത്ത് ഈ എരുമ എരുമയ്ക്ക് എരുമയാണെന്ന് അറിയുവോ എരുമയ്ക്ക് എരുമയാന്നുള്ള പേര് വിളിച്ചാൽ അതിനറിയോ അതിനെ എരുമെന്ന് പേര് എഴുതി കാണിച്ചാൽ അതിനെ അതിന് ഒന്നും അറിയില്ല അല്ലെ ജീവികൾക്കൊന്നും നാമ രൂപങ്ങൾ നാമത്തിനോടോ രൂപത്തിനോടോ ഐഡന്റിഫിക്കേഷൻ അവർക്കൊന്നുമില്ല ശരീരത്തിൽ അങ്ങനെ നിൽക്കുകയാണ് അവര് അപ്പൊ സ്വാമി പറയാണ് ഇത് എരുമയല്ല ബ്രഹ്മം ഇത് എരുമയല്ല ഇത് ബ്രഹ്മമാണ് നിനക്ക് അകത്ത് ബ്രഹ്മം എന്ന് അറിയാമെങ്കിൽ ഇത് എരുമ എന്ന് തോന്നുന്നില്ല ഇത് ബ്രഹ്മം തോന്നും ഭഗവാൻ തോന്നും അകത്ത് ബ്രഹ്മാനുഭവം ഇല്ലാത്തതുകൊണ്ട് ഭഗവത് അനുഭവം ഇല്ലാത്തതുകൊണ്ട് ഇത് എരുമാ എരുമാ എമാന്ന് തോന്നണം നിനക്ക് അപ്പോ അകമയ്ക്ക് സത്യം തെളിഞ്ഞ ആൾക്ക് അതേ സത്യം പുറമേക്ക് വിജൃംഭണമാവും നിർവികൽപ്പ സമാധി അനുഭവം അല്ലെങ്കിൽ എന്ത് സവികൽപ്പ സമാധി അനുഭവം പോലും ആദ്യം അകമയ്ക്ക് തെളിഞ്ഞു വരുന്നു അഗമയ്ക്ക് ധ്യാനവേളയിൽ തെളിഞ്ഞുവരുന്നു ആ ധ്യാനത്തിന്റെ പരിപാക ദശയിൽ യോഗ സാധനാ മാർഗത്തിലും കൂടെ ധ്യാനത്തിന്റെ പരിപാക ദശയിൽ ഹൃദയത്തിൽ ഏർപ്പെടുന്ന അനുഭവം ഒരു സ്റ്റേജിൽ ഇന്ദ്രിയങ്ങളിലൂടെ പുറമേക്ക് വിജൃംഭണമാവും ഒരു സ്ഥിതിയിൽ അകമയ്ക്ക് ഏർപ്പെടുന്ന അനുഭവം പുറമേക്ക് ഉള്ള ദർശനമായിട്ട് മാറും പുറമേക്ക് എല്ലാ ഭേദങ്ങളും കാണുമ്പോഴും സ്വർണത്തിൽ വള മാല മോതിരം എന്നൊക്കെ കാണുമ്പോഴും ഒരാൾക്ക് അതൊക്കെ സ്വർണമാണെന്ന് അറിയുന്ന പോലെ എല്ലാ ഭേദവും കാണുമ്പോഴും എല്ലാറ്റിനും പുറകിൽ ഒരു ചൈതന്യം ഉണ്ട് എന്നുള്ള ഒരു കോൺഷ്യസ് ഒരു ഒരു അവേർനെസ് ഉണ്ടാവും അതേപോലെ എല്ലാം കാണുമ്പോഴും വ്യവഹരിക്കുമ്പോഴും ഇതൊന്നും സത്യമല്ല എന്നുള്ള ഒരു അവബോധം ഉണ്ടാവും ഒരു സാക്ഷാത്കൃതനായ ഒരാൾക്ക് എന്തൊക്കെ ഭേദം കാണുമ്പോഴും ഈ ഭേദം വ്യവഹരിക്കുമ്പോ പോലും ഇത് ഉണ്മയല്ല എന്നുണ്ടാവും പഴയ വാസനയ്ക്കനുസരിച്ച് അയാൾ ചിലപ്പോൾ റിയാക്ഷൻ ഒക്കെ നടത്തിയാലും പോലും അയാൾക്ക് അതിലൊന്നും പറ്റിക്കൂടാതെ ഒരു ഭാഗം മാറി നിന്നുകൊണ്ട് സ്വയംബോധമായി ഒരു ശാന്തിയായി നിന്നുകൊണ്ടിരിക്കും ഇങ്ങനെ ഈ സ്ഥിതിയാണ് ഭഗവാനുടെ ബുദ്ധി പര്യപതിഷ്ഠത എന്ന് പറഞ്ഞു ചിത്തം പ്രസന്നമായാൽ ഉടനെ ബുദ്ധി ഹൃദയസ്ഥാനത്ത് ചെന്ന് നിൽക്കും ഹൃദയസ്ഥാനത്ത് ചെന്ന് നിന്നു കഴിഞ്ഞാൽ അത് പുറമേക്ക് വിജൃംഭണമാകും പുറമേക്ക് വിചുമ്പണമാകുമ്പോ പ്രസന്ന ചിത്തന് ജഗത്ത് മുഴുവൻ ഭഗവത് സ്വരൂപമായിട്ട് കാണപ്പെടും എവിടെ ഭഗവാനല്ലാതെ ത്വം സ്ത്രീ ത്വംസി ത്വം കുമാര ഉത്തുമാരി ത്വ ജീർണോ ദഞ്ചസി ത്വം ജാതോഭവസി വിശ്വതോ മുഖ ഭഗവാനെ അവിടുന്ന് തന്നെ സ്ത്രീ അവിടുന്ന് തന്നെ പുരുഷൻ അവിടുന്ന് തന്നെ കുമാരൻ അവിടുന്ന് തന്നെ കുമാരി അവിടുന്ന് തന്നെ വൃദ്ധൻ അവിടുന്ന് തന്നെ വടിയും കുത്തി നടക്കുന്നു അവിടുന്ന് തന്നെ പല രൂപത്തിലും നിൽക്കുന്നു പലേ ഭാവത്തിലും നിൽക്കുന്നു മണ്ണാകി വിണ്ണാകി ഒളിയാകി വളിയാകി ഊനാകി ഉയരായി ഉണ്മയുമായുമായി കോനാകി യാൻപറവരെ കൂത്താട്ടുവാനാകി നേ എൻസൊല്ലിവാഴ്ത്തുവനേ ആകാശവായും മണ്ണാ ജലവായു സകല പദാർത്ഥങ്ങൾ വയു അരേശ്വരൻ അനലോ അനിലോ അമ്പരം അഹർ ഹിമാംശു പുമാൻ ഇയാതി ചരാചരാത്മകം യൂർയട്ട് വിദ്യത്തെ വിമൃശതമാ പരസ്മാഭോ തസ്മൈ ശ്രീഗുരുമൂർത്തേ നമ ഇതും ശ്രീദക്ഷിമൂർത്തംവായുമഗ്നി സലില മഹി ച ോൻ സരി പ്രണമേത് അനന്യ ഇങ്ങനെ കാണുന്നതൊക്കെ തന്നെ ഭഗവത് സ്വരൂപമായി നദി ആകാശം പർവ്വതം സ്ത്രീകള് പുരുഷന്മാര് നമുക്ക് ഇഷ്ടപ്പെട്ടവര് ഇഷ്ടപ്പെടാത്തവര് എല്ലാത്തിലും ഈ വസ്തു തന്നെ ഇപ്പൊ കൃഷ്ണനെ തന്നെ നോക്കൂ ദുര്യോധനനെ കൊല്ലൂ എന്നും പറയുന്നുണ്ട് എല്ലാത്തിനെയും യുദ്ധം ചെയ്യൂ എന്നും പറയുന്നു എന്നിട്ടും പറയുന്നു ഇതൊക്കെ ഒരേ വസ്തുവാണ് വാസുദേവ സർവം അപ്പൊ അതാണ് സാക്ഷാത്കാരത്തിന്റെ ഒരു വൈചിത്യം അത് കർമ്മവിരോധിയേ അല്ല കർമ്മം അതിന്റെ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നു പ്രകൃതി പുരുഷം ജൈവ വിദ്യനാദി ഉപാവഭി പ്രകൃതി എന്ത് ചെയ്യണോ അത് അതിന്റെ പാട്ടിൽ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴും പുരുഷൻ വിട്ടുമാറുമ്പോൾ പ്രകൃതിയെ വിസർജനം ചെയ്യും അപ്പോ താൻ പ്രകൃതിസ്ഥനായി മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽപ്പെട്ടാലും പോലും അതൊന്നുമില്ലാതെ ബുദ്ധി പര്യവതിഷ്ഠത അകമേക്ക് നിർവികൽപമായ അനുഭവത്തോടുകൂടെ പുറമേക്ക് വ്യവഹരിക്കുന്നവനെയാണ് ഇവിടെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറഞ്ഞത് അകമയ്ക്ക് പ്രപഞ്ചമോ ജീവാഹന്തയോ ഇല്ലാതെ തന്നെ പുറമേക്ക് വ്യവഹരിക്കുമ്പോ ബുദ്ധി പര്യവതിഷ്ഠത അകമയ്ക്ക് പ്രസന്നത കളങ്കപ്പെടുന്നേയില്ല യോഗവാസിഷ്ഠം പറഞ്ഞു തുഷാരകര ബിംബാച്ഛം മനോയസ് ഉത്സവ യുദ്ധേഷു സ ഒരു സമാധിയിലോ ഒരു മുറിയിലോ ഒരു ഗുഹയിലോ ഇരിക്കുമ്പോഴല്ല മരണം നടക്കുന്ന സന്ദർഭത്തിലും ഉത്സവപ്പറമ്പിലും യുദ്ധം ചെയ്യേണ്ടി വന്നാൽ പോലും അതിന്റെ നടുവിലും മരണോത്സവ യുദ്ധേഷു തുഷാരകരബിംബാച്ഛമ്മനഹ നല്ല പൂർണ്ണ ചന്ദ്രിക പോലെ ശരത്കാല ചന്ദ്രിക പോലെ തെളിഞ്ഞ അന്തരംഗം അങ്ങനെയുള്ളവനെ സ്ഥിതപ്രജ്ഞൻ അഥവാ ജീവൻമുക്തൻ എന്ന് പറയുന്നു എന്ന് വാസിഷ്ടം ആ പ്രസന്നതയാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞത് വാസനകൾ ഒഴിഞ്ഞു പോകുമ്പോ പ്രസന്നത ഉണ്ടാവും വാസനകൾ എങ്ങനെ പോകും വിചാരജ്ഞാനത്തോടുകൂടെ രാഗദ്വേഷമില്ലാതെ ലോകത്തിൽ വ്യവഹരിച്ചാൽ വാസനകൾ ഒഴിഞ്ഞു പോകും വാസനകൾ ഒഴിഞ്ഞു പോകുമ്പോൾ അകമയ്ക്ക് ഒരു പ്രസന്നത ഉണ്ടാവും ശാന്തി ഉണ്ടാകും ഇവിടെ ബുദ്ധി എന്ന് വെച്ചാൽ ശാന്തി അഗമയ്ക്ക് ശാന്തിയുടെ സുഗന്ധമുണ്ടാവും അടുത്ത ശ്ലോകം നാസ്തി ബുദ്ധിരയ യുക്തസ്യ ശാന് അശാന് സുഖം പലയിടത്തും ഭഗവത്ഗീതയുടെ പല ശ്ലോകങ്ങളും എഴുതിയിടുന്നുണ്ട് അല്ലെ ഇവിടെ ഉണ്ടതാ യഥാ യഥാ ഹി ധർമ്മസ് ഗ്ലാ നിർഭവതി ഭാരത് സാധാരണ ഇതൊക്കെ യോഗക്ഷേമം വഹാമ്യഹം അല്ലെങ്കിൽ കർമ്മണ്േവ അധികാരസ്ഥെ ഇതൊക്കെ എഴുതിയിടും പക്ഷെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് ഭഗവത്ഗീതയുടെ ഒരു ചിത്രവും മാറേണ്ടിയിരിക്കുന്നു ശ്ലോകവും മാറേണ്ടിയിരിക്കുന്നു ശ്ലോകമേ വേണ്ട ഒരു ലൈൻ മതി കൃഷ്ണൻ ചോദ്യചിഹ്നത്തോടുകൂടെ നിൽക്കുന്ന ഒരു ചിത്രം ആരെങ്കിലും ചിത്രം വരയ്ക്കുന്നവരുണ്ടെങ്കിൽ ഒരാശയം നമ്മളെയൊക്കെ കണ്ട് ഭഗവാൻ ഇങ്ങനെ കൈവെച്ചുകൊണ്ടിരിക്കണം എന്താ എവിടെയൊക്കെയാ ഓട്ടോ എന്തിനാ ഈ ഒരു തിടുക്കം എന്ത് തലകുത്തി മെനക്കെട്ട് ഇപ്പൊ എന്താ നേടാൻ പോണതെന്നുള്ള ഒരു ചോദ്യചിഹ്നത്തോടുകൂടെ അതോടുകൂടെ അശാന്തസ്യ കുതസ്സുഖം അതാണ് എഴുതിയിടേണ്ടത് ശാന്തി ഇല്ലാത്തവന് എന്തൊക്കെ ചെയ്ത് കുതസ്സുഖം ഒരു ഇംഗ്ലീഷുകാരനൊരു കഥ പറയണ്ടേ അദ്ദേഹം ഇന്ത്യയിൽ വന്നപ്പോ ഇന്ത്യക്കാരെ മുഴുവൻ അദ്ദേഹത്തിന് പുച്ഛമായിരുന്നു അപ്പോ അയാള് ഒരു നദിയുടെ തീരത്തില് അയാൾ ഇരിക്കുമ്പോ ഒരു മുക്കുവൻ മീൻ പിടിക്കുന്നത് കണ്ടു ഈ മുക്കുവൻ കുറെ നേരം ജാഗ്രതയോടുകൂടെ ചൂണ്ടയും വെച്ചുകൊണ്ട് നിന്നു ഒന്ന് വലിച്ചപ്പോ വലിയൊരു മീന് കിട്ടിയ അയാൾക്ക് ആ മീനും കൊണ്ട് ഇയാൾ ഉടനെ അവിടെ ഒരു മരത്തിന്റെ ചോട്ടിൽ പോയി ആ മീന് ബാഗിൽ വെച്ച് ആ ബാഗ് തലയിലും വെച്ചിട്ട് ഇയാള് കിടന്നു ഈ ഇംഗ്ലീഷുകാരന് വല്ലാതെ ദേഷ്യം വന്നു അത്രേ ഈ മുക്കുവനോട് എന്താന്ന് വെച്ചാൽ ഈ ഇന്ത്യക്കാര് ഇത്ര കുഴുമടിയന്മാരായത് കൊണ്ടാണ് ഇവര് യോഗം നന്നാക്കിയാ വേണ്ടില്ല എന്ന് അദ്ദേഹത്തിനൊരു തോന്നല് അപ്പൊ അദ്ദേഹം ഇയാളെ പിടിച്ച ഏ എണീക്കൂ എണീപ്പിച്ചു എണീപ്പിച്ചിട്ട് അയാളുടെ ചോദിച്ചോത്രേ എന്താ ഇങ്ങനെ കിടക്കണത് അല്ല പിന്നെ ഞാൻ ഇപ്പൊ എന്താ ചെയ്യേണ്ട ഇയാളുടെ ചോദ്യം അപ്പൊ ഇയാള് പറഞ്ഞു എത്ര മീനാ അതിൽ ചാടികളിക്കണം നോക്കൂ കുറച്ചുകൂടെ മെനക്കെട്ട എത്ര മീൻ പിടിക്കാം തനിക്കും എന്നിട്ടോ ചോദിച്ചോത്ര അയാള് തതയ്ക്കും എന്നാണ് അതൊക്കെ പിടിച്ചു വിറ്റാത്ത തനിക്ക് കൂടുതൽ പണം കിട്ടല്ലേ എന്നിട്ടോട്ട് അപ്പൊ തനിക്ക് ഈ ചൂണ്ടയും വെച്ചുകൊണ്ട് ഈ മെനക്കെടുന്നതിനേക്കാൾ ഒരു വല വാങ്ങിക്കാംട്ടോ അപ്പൊ കൂടുതൽ മത്സ്യം പിടിക്കാം എന്നിട്ടോ അപ്പൊ കൂടുതൽ പണം കിട്ടും തനിക്ക് എന്നിട്ടോ അപ്പൊ തനിക്കൊരു ചെറിയ തോണി വാങ്ങിച്ച് കൂടുതൽ വെള്ളത്തിൽ അങ്ങോട്ട് പോയിട്ട് കൂടുതൽ മത്സ്യം പിടിക്കാം എന്നിട്ടോ അപ്പൊ ധാരാളം പണം കിട്ടില്ലേ ഒരു രണ്ടുപേരെ ജോലിക്ക് വെക്കാം എന്നിട്ടോ കൂടുതൽ പണമുണ്ടാവും കൂടുതൽ മത്സ്യം പിടിച്ച് വലിയ ഒരു ഇൻഡസ്ട്രി തന്നെ തുടങ്ങാൻ തനിക്ക് ഞാൻ ഐഡിയ പറഞ്ഞു തരാൻ ഞാൻ അവിടെ ഉണ്ടാവും കൂടുതൽ പണം സമ്പാദിച്ച് വലിയ വീട് വയ്ക്കാം കുടുംബമൊക്കെ വലിയ നിലയിൽ വരും എന്നിട്ടോ അപ്പൊ എന്താ വയസ്സാവുമ്പോ സുഖമായിട്ട് തനിക്ക് റെസ്റ്റ് എടുക്കാം അതാണപ്പോ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണതെന്ന് നിങ്ങളിതൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് ചെയ്യാൻ പോണത് പുറമേക്ക് കഥ ഒരു മടി പിടിച്ച കഥയായിട്ട് തോന്നും പക്ഷേ അകമയ്ക്ക് നോക്കുമ്പോ ഏത് സ്ഥിതിയിലും വിശ്രാന്തിയിലിരുന്നു കൊണ്ട് ഇന്റൻസ് ആക്ടിവിറ്റി ഉണ്ടായാലും കുഴപ്പമില്ലേ അതാണ് ഗീതയുടെ സന്ദേശം അല്ലാതെ കർമ്മം ചെയ്യാതിരിക്കണമെന്നല്ല അനുസ്യൂതം കർമ്മം ചെയ്യുകയാണെങ്കിലും അനുസ്യൂതം അകമയ്ക്ക് ശാന്തി ഉണ്ടാവണം ഇത് രണ്ടും വയ്ക്കാൻ കഴിയുമോ ശരീരത്തിനെ പ്രവൃത്തിക്ക് വിട്ടുകൊടുത്ത് സ്വരൂപത്തിൽ ശ്രദ്ധയുള്ളവനായിട്ട് ഇരിക്കാൻ കഴിയുമെങ്കിൽ പ്രവൃത്തി നിർത്തുകയേ വേണ്ട സന്യാസമേ വേണ്ട ഉപേക്ഷിക്കലേ വേണ്ട ഏകാന്തമേ വേണ്ട ആദ്യമേ അറിയണം ഈ വിശ്രാന്തിയാണ് നമ്മൾ എല്ലാം കഴിഞ്ഞിട്ടും ചെയ്യാൻ പോണത് നമുക്ക് ഒരു അതാണ് ഭഗവാൻ കർമ്മത്തിന്റെ ഫലത്തിൽ ശ്രദ്ധ വെക്കാൻ പാടില്ല എന്ന് പറയണത് ഫലം വേണ്ട വെക്കണം എന്നുള്ള അർത്ഥത്തിലല്ല നിങ്ങൾ എപ്പോഴും ഫ്യൂച്ചറിൽ മനസ്സിനെ വെച്ചുകൊണ്ടിരിക്കരുത് എന്നാണ് അർത്ഥം ഓരോ ക്ഷണത്തിലുള്ളതിനെ വിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് കിട്ടും ആലോചിച്ചുണ്ടെങ്കിൽ ഓരോ ക്ഷണവും വൈ ഡോണ്ട് യു സ്റ്റേ ഇൻ ദാറ്റ് സ്റ്റേറ്റ് എല്ലാം കഴിഞ്ഞിട്ടും നിങ്ങൾ അവിടെ ഇരിക്കാൻ പോവാണ് അതാണ് നിങ്ങളുടെ അവസ്ഥ ആ ശാന്തി വിശ്രാന്തിയാണ് നിങ്ങൾ എന്ത് സമ്പാദിച്ചിട്ടും എന്തൊക്കെ അത് ആദ്യം മുതലേ തുടങ്ങിക്കോളൂ എന്നാണ് ആ വിശ്രാന്തിയിൽ തന്നെ ഇരിക്കൂ വിശ്രാന്തി ഒരു ഫലമല്ല വിശ്രാന്തി ഇപ്പത്തന്നെ കിട്ടണം ഒരു കർമ്മത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് റിസൾട്ടായിട്ട് ഫ്രൂട്ടായിട്ട് വിശ്രാന്തി ഉണ്ടാവില്ല കർമ്മത്തിന്റെ എഫക്റ്റായിട്ട് ദ്രവ്യങ്ങളെ വരുകയുള്ളൂ ഫലമേ വരുകയുള്ളൂ ബന്ധമേ വരുള്ളൂ വിശ്രാന്തി എന്നുള്ളത് അകമയൊക്കെ അറിവുകൊണ്ട് നേടിയെടുക്കേണ്ടതാണ് അറിവുകൊണ്ട് ആ വിശ്രാന്തി അല്ലെങ്കിൽ നിശ്ചലത ശാന്തി പൂർണ്ണ തൃപ്തി അകമെ വെച്ചുകൊണ്ട് പ്രാരബ്ദത്തിനനുസരിച്ച് എന്ത് പണി പണിങ്ങി ചെയ്തോളൂ കൃഷ്ണൻ ഒരു ക്ഷണം ഇരിക്കാതെ ജീവിതം ഓടി നടന്നില്ലേ ജനിച്ച ദിവസം തുടങ്ങിയതാണ് സർക്കിട്ടടിക്കാൻ അടുത്ത ദിവസമല്ല ജനിച്ച ദിവസം രാത്രി സർക്കിട്ടടിക്കാൻ തുടങ്ങിയതാണ് ശരീരം വിടുന്ന കാലം വരെ സർക്കിട്ടടിച്ചിട്ടുണ്ടാവും വിശ്രാന്തിയെ ഇല്ല പുറമേക്ക് നോക്കിയാൽ പക്ഷെ ഭഗവാനോ എപ്പോഴും അകത്ത് വിശ്രാന്തിയാണ് അതുകൊണ്ടാണ് നമ്മൾ ഭഗവാനെന്നു വിളിക്കുന്നത് അദ്ദേഹത്തിന് ഒരു ടെൻഷൻ ഇല്ല യാതൊരു വിധത്തിലും വിഷമില്ല ആകുമ്പയ്ക്ക് ആ വിശ്രാന്തിയാണ് ഭഗവാൻ ഗീതയിൽ പറയണത് കർമ്മം നടക്കും ശരീരം തന്നെ കർമ്മം ചെയ്യാനാണോ വന്നിരിക്കണത് അത് ചെയ്യാതിരിക്കാമെന്ന് വിചാരിച്ചാൽ പോലും തനിക്ക് സാധിക്കില്ല എന്നാണ് മെസ്സേ മെസ്സേജ് അല്ലാതെ കർമ്മം ചെയ്യൂന്നല്ല ഭഗവാൻ പറയണത് വളരെ സൂക്ഷിച്ചു വേണമെങ്കിൽ ഗീതയെ ഇന്റർപ്രേറ്റ് ചെയ്യാം കർമ്മം ചെയ്യൂ എന്ന് ഭഗവാൻ പറയണതല്ല കർമ്മം ചെയ്യപ്പെടും കർമ്മം ചെയ്യണോ ചെയ്യാതിരിക്കണോ എന്നുള്ളതിൽ പോലും തനിക്ക് സ്വാതന്ത്ര്യമില്ല ശരീരം വന്നിരിക്കണത് തന്നെ കർമ്മം ചെയ്യാനാണ് അത് കർമ്മം ചെയ്തേ ഇരിക്കുള്ളൂ അത് ഇനിയിപ്പൊ ചെയ്യാൻ അതിന് യോഗമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യിപ്പിച്ചാലും അത് ചെയ്യൂല്ല അപ്പൊ അകമേക്കുള്ള വിശ്രാന്തി അകമയ്ക്കുള്ള പെർഫെക്ഷൻ ആ പൂർണതയെ വിട്ടുകളയാതെ ശരീരം പ്രവർത്തിക്കട്ടെ ലോകത്തിന് പ്രസന്നതയെ വിട്ടുകളെ എഴുതുന്നുണ്ട് അകമെ പ്രസന്നമായിരുന്നു കൊണ്ട് ആ പ്രസന്നതയിൽ നിന്നും കർമ്മം പുറമേക്ക് വരികയാണെങ്കിൽ ആ കർമ്മം ലോകമംഗലകാരകമായിട്ടിരിക്കും യു വിൽ നെവർ ഗെറ്റ് ഡിസ്റ്റർബ് ആൻഡ് ദ വേൾഡ് വിൽ ആൾസോ വിൽ നെവർ ഗെറ്റ് ഡിസ്റ്റർബ് പന്ത്രണ്ടാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നു യസ്മാന്നോ ദ്ജതേ ലോക ലോകാന്നോ ദ്ജതേ ജയ ഹർഷാമർഷ ഭയോദ്വേഗൈ ഹേ മുക്തോ യസ് സജമേ പ്രിയ അങ്ങനെയുള്ള ഭക്തൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടവനാണ് അവനെ കൊണ്ട് ലോകത്തിന് ഉപദ്രവമില്ല ലോകം എന്തുപദ്രവിച്ചാലും അവൻ ചലിക്കില്ല എന്നാണ് അവന്റെ അകമേ നിന്നും ശാന്തി മാത്രം പ്രസരിച്ചു കൊണ്ടിരിക്കും ശാന്തി മാത്രം പുറമേക്ക് എമ്മനേഷനാണ് അതെങ്ങനെ പ്രസരണം നടത്തിക്കൊണ്ടിരിക്കും അയാളെ എത്ര തന്നെ ലോകത്തിലുള്ളവർ ഇനി അങ്ങോട്ട് ദ്രോഹം ചെയ്താലും അയാളതൊന്നും അയാളെ ബാധിക്കില്ല അപ്പോ ആ സ്ഥിതിയാണ് ഭഗവാൻ ഇവിടെ അശാന്തസുഖംന്ന് ചോദിക്കും ഇപ്പോ പടിപ്പടിയാണ് നാസ്തി ബുദ്ധി അയുക്തസ് നച്ച് അയുക്ത ഭാവനച്ച് അഭാവയതാ ശാന്തി അശാന്തസുഖം യുക്തനല്ലാത്തവന് ജ്ഞാനം തെളിയില്ല യുക്തൻ എന്നുവെച്ചാൽ രാഗദ്വേഷമില്ലാതെ പ്രാരബത്തിനനുസരിച്ച് വരുന്ന വിഷയങ്ങളെ അനുഭവിച്ചു തീർക്കുന്നവനാണ് യുക്തൻ പൂർവ്വശ്ലോകത്തിൽ നിന്ന് വേണം യുക്തൻ എന്നുള്ള പദത്തിനെ വ്യാഖ്യാനിക്കാൻ രാഗദ്വേഷമില്ലാതെ എല്ലാത്തിനും മോഡറേഷൻ ഉറക്കം ഊണ് വ്യവഹാരം അങ്ങനെയുള്ള ആളെ ഭഗവാൻ പിന്നീട് യുക്തൻ എന്ന് വിളിക്കുന്നു യുക്ത ആഹാര വിഹാരസ്യ യുക്തചേഷ്ട കർമ്മസു യുക്തസ്വപ്നാവബോധസ് യോഗോഭവതി ദുഃഖ ആ ശ്ലോകത്തിലുള്ള യുക്തപഥത്തിനെ ഇവിടെയുള്ള രാഗദ്വേഷതുമായിട്ട് കണക്ട് ചെയ്ത് വേണം വ്യാഖ്യാനിക്കാൻ അപ്പോഴേ ഗീത തെളിയുള്ളൂ രാഗദ്വേഷം കൂടാതെ ആഹാരം കഴിക്കണം രാഗദ്വേഷം കൂടാതെ ഉറങ്ങണം രാഗദ്വേഷം കൂടാതെ വ്യവഹരിക്കണം എന്നുവച്ചാലോ ഉറങ്ങണം എന്ന് ആഗ്രഹിക്കരുത് ഉറക്കം വരുമ്പോ ഉറങ്ങട്ടെ ഉറങ്ങാൻ പാടില്ല എന്ന് പിടിച്ചു നിർത്തരുത് ഉറക്കം വരാതിരിക്കുമ്പോ ടെൻഷൻ ഇല്ലാതിരിക്കുക പലർക്കും വയസ്സാവുമ്പോ ഉറക്കം വരണില്ല എന്നൊരു കുഴപ്പമുണ്ട് നമ്മള് ഉറക്കം വരാത്തത് കൊണ്ട് ക്ഷീണിക്കില്ല ഉറക്കം വരണില്ലല്ലോ എന്ന് വിഷമിച്ചാൽ ക്ഷീണിക്കും ഉറക്കം വന്നിട്ടില്ലെങ്കിൽ ഉത്സാഹത്തോടെ ഇരിക്കുക എന്തിനുറക്കം വരണം പ്രകൃതിയിൽ എങ്ങനെയൊരു നിയമമൊന്നുമില്ല പ്രകൃതി നമ്മളുടെ ബുദ്ധിക്ക് നമ്മൾ റെഡിമെയ്ഡ് കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് നമ്മൾ വെറുതെ വിഷമിക്കുകയാണ് കുട്ടികള് ഇരുപത് മണിക്കൂർ ഉറങ്ങണു ആരും ഉറക്കാൻ വെച്ചു കുട്ടികളെ കുട്ടികൾ ഇരുപത് മണിക്കൂർ ഉറങ്ങുന്നു ചെറിയ കുട്ടികൾ ആ സമയത്ത് ആ കുട്ടികൾക്ക് ആ ഉറക്കം വേണം അതായത് ഉറക്കം എന്ന് പറയുന്നത് വേദാന്തപരമായി വ്യാഖ്യാനിച്ചാൽ കാരണ ശരീരത്തിന്റെ ആവിർഭാവമാണ് ഉറക്കം അതായത് ഈ ജന്മത്തിൽ എന്തൊക്കെ അനുഭവിക്കാനുണ്ടോ ആ വാസനകളൊക്കെ ഇപ്പൊ നമ്മള് പാലക്കാട് നിന്നിങ്ങ വരുമ്പോൾ ഒരു ബാഗ് നിറയെ സാധനങ്ങൾ കൊണ്ടുവരില്ലേ അതുപോലെ ഈ കുട്ടി ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ അപ്പൊ ബാഗ് ഫുള്ളാണ് അതുകൊണ്ടാണ് ഇരുപത് മണിക്കൂർ ഉറക്കം അത് സയൻസ് അനുസരിച്ച് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അവരെന്ത് പറയും ഈ ശരീരത്തിലെ ഓരോ അംഗങ്ങൾ ഡെവലപ്പ് ആവണം അതുകൊണ്ട് നേച്ചർ ഈ കുട്ടിയെ ഉറക്കാൻ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യുകയാണെന്ന് പറയും രണ്ടു ഒന്ന് തന്നെ ഡെവലപ്പ് ആവണെന്ന് വെച്ചാൽ എന്താ ഉള്ളിലുണ്ട് മാനിഫെസ്റ്റ് ആവണം അത് തന്നെയാണ് വേദാന്തം പറയുന്നത് ഉള്ളിലുണ്ട് ബാഗിൽ കൊണ്ടുവന്നിട്ടുണ്ട് മാനിഫെസ്റ്റ് ആവണം ഓരോന്ന് മാനിഫെസ്റ്റ് ആകുമ്പോഴും ഉറക്കം കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞു വരും യൌവനത്തിലെത്തുമ്പോൾ പതുക്കെ ആറ് വർഷം ആറ് മണിക്കൂർ ഏഴ് മണിക്കൂർ ഇങ്ങനെയൊക്കെ ആയിത്തീരും അപ്പോ കാരണശരീരം കുറഞ്ഞു സൂക്ഷ്മ ശരീരം സൂക്ഷ്മ ശരീരം വളരുംതോറും കാരണ ശരീരം കുറയും കുട്ടികൾക്ക് സൂക്ഷ്മ ശരീരം അതായത് മൈൻഡും നമ്മൾ വിളിക്കുന്നുണ്ടല്ലോ ഇയാളുടെ ക്യാരക്ടർ സ്വഭാവം അത് കുട്ടികളിൽ ഇല്ലേ ഇല്ല അതുകൊണ്ടാണ് അവർ ഇരുപത് മണിക്കൂർ ഉറങ്ങുന്നത് അവരിൽ ആ ക്യാരക്ടർ വരുംതോറും ഈ ഉറക്കം കുറയും അതായത് ബാഗ് ഓരോന്നായി എടുത്ത് വെളിയിൽ വെക്കുകയാണെ അതാണ് ആ താരാട്ട് പാടുമ്പോ ആരാരോ ആരി കാണിക്കാൻ പോണല്ലേ ഉള്ളൂ ആരാന്നറിയില്ലോന്നായിട്ട് വെളിയിൽ വരണം എന്തൊക്കെ ഉണ്ടോ കയ്യിൽ ഓരോന്നായിട്ട് പുറമേക്ക് വരുമ്പോ ഉറക്കം കുറയും കാരണശരീരം കുറഞ്ഞു കുറഞ്ഞുകൊണ്ടേ ഹ്രാസം മൂന്ന് ശരീരവും നമുക്ക് ഹ്രാസമുണ്ട് സൂക്ഷ്മ ശരീരം കാരണശരീരം സ്ഥൂല ശരീരം രണ്ട് മൂന്നും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവുന്നു സൂക്ഷ്മ ശരീരം പെരുക്കുന്തോറും ഉറക്കം കുറയും ഒരു വയസ്സ് കഴിയുമ്പോ എന്താ കാരണ ശരീരം ഏകദേശം മുഴുവൻ വറ്റിപ്പോയിരിക്കുന്നു ആ സമയത്താണ് സു ഉറക്കമേ ഇല്ല ചിലപ്പോൾ വയസ്സാകുമ്പോൾ ഇനി ഉറക്കം എന്ന് വിളിക്കുന്നത് പോലും സ്വപ്നമായിരിക്കും അതുകൊണ്ടാണ് അവർ ഞങ്ങൾക്ക് ഉറക്കമില്ല ഉറക്കമില്ല അപ്പോ ഉറക്കം വേണം പ്രകൃതിക്ക് ഒരു നിയമം ഉറക്കം വരും അങ്ങനെ ഒരു നിയമം വാർദ്ധക്യ ദശയിൽ ഉറക്കം വരാത്തത് അതുകൊണ്ട് ഉറക്കം വരണം എന്നുള്ള നിർബന്ധത്തിനെ വിടുന്നതിന് പേരാണ് യുക്ത സ്വപ്നം എന്ന് ഭഗവാൻ വാക്കു പറഞ്ഞത് യുക്ത നിദ്ര യുക്തമായിട്ടുള്ള ഉറക്കം എന്ന് വെച്ചാൽ എന്താർത്ഥം ഉറക്കം വരുമ്പോൾ ഉറങ്ങട്ടെ ബാഡി ഉറങ്ങട്ടെ ഞാൻ ഉറങ്ങണം ഉറങ്ങാൻ പാടില്ല എന്നുള്ള ഞാൻ പൊന്താൻ പാടില്ല ഉണരണം ഇന്നി ഉറങ്ങേ ഉറങ്ങണം ബുധിച്ചീടണം അശനം പുണരേണം എന്നിവണ്ണം അണയും അനേക വികൽപ്പമാകയാല് ആരുണരുവതുള്ളൊരു നിർവികാരൂപം ഉണരൽ ഉറങ്ങുക പുണരൽ ഭുജിക്കൽ ഇതൊക്കെ ശരീരത്തിൽ നടക്കുന്നുണ്ട് ഇതൊക്കെ ഹാപ്പനിങ് ആണ് ദർ ഇസ് നോ ഡൂയിങ് പക്ഷേ അതിൽ ഒരു ഡൂവർഷിപ്പ് കലർന്നു വന്നിട്ട് കർത്തൃത്വം കലർന്നു വന്ന് ഞാൻ ഉണരണം ഞാൻ ഭുജിക്കണം ഞാൻ പുണരേണം ഇതൊക്കെ വികൽപ്പം എന്ന് പേര് ചിത്തമൂലോ വികൽപ്പോയം ചിത്താഭാവേ നശ്ചന അതശ്ചിത്തം സമാദേഹി പ്രത്യഗ്രൂപേ പരാത്മനീന ചിത്തവൃത്തികൾ തന്നെയാണ് വികല്പം ആ വികൽപ്പം ശരീരം ഉറക്കം വരുമ്പോ ഉറങ്ങട്ടെ ശരീരത്തിന് വിശക്കണുവോ ഉണ്ണട്ടെ പക്ഷെ എനിക്ക് വിശക്കണം ഈ വിശക്കണില്ല എന്ന് പറഞ്ഞ് മരുന്ന് കഴിച്ചു യാതൊന്നും ഈ ദേഹത്തിനെ ഒരു യന്ത്രം പോലെ കരുതി അതിനെ നിർത്തേണ്ട ഇടത്ത് നിർത്തി ഞാനില്ലാതെ ഇരിക്കുന്നതാണ് നിർവികൽപ്പ സ്ഥിതി അതാണ് ഉണരരുതിന്നി ഉറങ്ങിടാതിരുന്നിടേടം അറിവായി അയോധ ഞങ്ങൾക്ക് വയ്യല്ലോ എന്ന് പറയുകയാണെങ്കിൽ അതിനിന്ന് അയോഗ്യനെന്നാൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞുവാഴും മുനിജനസേവയിൽ മൂർത്തി നിർത്തിടേണം മുനികൾ ആ സ്ഥിതിയിൽ നിൽക്കുന്ന മുനികരുടെ കൂട്ടുകൂടുക പതുക്കു പതുക്കെ അവസ്ഥ നിങ്ങളിലേക്ക് പകർന്നു കിട്ടും എന്നാണ് കർത്തൃത്വ ഭോക്തൃത്വം ഇല്ലാതെ ശരീരം ഉണ്ണുകയോ ഉറങ്ങുകയോ വ്യവഹരിക്കുകയോ ഒക്കെ ചെയ്യും അപ്പോ അതിൽ രാഗദ്വേഷമില്ലാതെ ഇരിക്കുന്നവനാണ് യുക്തൻ എന്ന് ഭഗവാൻ പറയണത് നമുക്ക് നാച്ചുറൽ ലൈഫ് അതാണ് നാച്ചുറൽ ലൈഫ് അല്ലാതെ റെഡിമെയ്ഡ് ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് വെച്ചുകൊണ്ട് നമ്മൾ പുസ്തകത്തിൽ പഠിച്ച് രാവിലെ എത്ര മണിക്ക് എണീക്കണം എങ്ങനെ ജീവിക്കണം എന്നുള്ളത് പോലെ ആർട്ടിഫിഷ്യൽ ഋഷികളുടെ സമ്പ്രദായമല്ല ഋഷികളുടെ സമ്പ്രദായം തത്വമറിഞ്ഞ് ജീവിക്കലാണ് ഋഷികളുടെ സമ്പ്രദായം പിന്നെ ജനറൽ പബ്ലിക്കിന് അത് അങ്ങനെ സാധിക്കാത്തത് അവർക്ക് ഒരു റെഡിമെയ്ഡ് നിയമമൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഇരിക്കൂ ഇങ്ങനെ ഇരിക്കൂന്ന് ഒരു ഏകദേശം ഒരു വഴി കൊടുത്തു അത്രേ ഉള്ളൂ പക്ഷെ വാസ്തവത്തിൽ ചെയ്യേണ്ടത് ഇതാണ് യുക്തനായിരിക്കണം എന്ന് ഭഗവാൻ പറയുമ്പോ ഹൃദയത്തിൽ തത്വത്തിനെ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ചാൽ അവർ യുക്തനാകും എല്ലാത്തിലും പ്രകൃതിയിൽ മനുഷ്യ മൃഗങ്ങൾ മനുഷ്യേതര ജീവികൾ പോലും എത്ര യുക്തമായിട്ടായിരിക്കണം നോക്കൂ അവരുടെ ഒക്കെ ജീവിതം ഇത്ര കാലമായി പ്രകൃതി വിട്ട് അവർ പോയിട്ടില്ല നമ്മൾ പ്രകൃതി വിട്ടു പോകാൻ കാരണം നമ്മൾ നമ്മളുടെ ഉള്ളിലുള്ള തത്വത്തിനെ ആശ്രയിക്കുന്നതിന് പകരം റെഡിമെയ്ഡായിട്ടുള്ള പുറമേ ഉള്ള പുസ്തകങ്ങളെയും റെഡിമെയ്ഡ് ഡൂസ് ആൻഡ് ഡോൺസിനെ ആശ്രയിച്ചതാണോ വലിയ കുഴപ്പം യുക്തൻ എന്ന് ഭഗവാൻ പറയുമ്പോ ഞാൻ ചെയ്യുന്നു എന്നുള്ളത് കൂടി ചേരാതെ ഇരിക്കുന്നവൻ യുക്തൻ പ്രഹ്ലാദനെ ഭാഗവതത്തിൽ പറയുന്നു ആസീനഹ സംബിഷന് തിഷ്ടന് ശയാന പ്രഭിപൻ ധ്രുവന് നാനുസന്ധത്ത ഏതാനീ ഗോവിന്ദ പരിരംഭിതഹ എല്ലാരെ പോലെയും നടക്കുന്നു ഉറങ്ങുന്നു ഇരിക്കുന്നു എല്ലാം ചെയ്യുമ്പോഴും ഞാൻ ഉറങ്ങുന്നു ഞാൻ നടക്കുന്നു എന്ന് ഒരു ചെയ്യാതെ ഒന്നിലും നിർബന്ധമില്ലാതെ വർത്തിച്ചു എന്നാണ് ഉറക്കം സ്വസ്ഥമായി എണീറ്റിരുന്നു ചുമ്മായി ഇരിക്കാൻ ആർക്ക് കഴിയുമോ അയാൾക്കൊന്നും പ്രശ്നമല്ല ഉറക്കം വന്നില്ലേ എണീച്ച് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക അത് തന്നെ വലിയൊരു സുഖമായിരിക്കണം ഉറക്കം വന്നോ ശരിക്കും ഉറങ്ങാം വിശക്കണല്ലേ ശരി വിശക്കണില്ല റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക ആരോഗ്യമായിട്ടുണ്ടോ ആരോഗ്യം എന്തെങ്കിലും അല്പവ്യാധി വന്നോ കുറച്ചൊക്കെ സഹിച്ചോളൂ അങ്ങനെ ഇരുന്നോട്ടെ ഏതവസ്ഥയും തന്നിൽ ലയിപ്പിച്ചു കളഞ്ഞ് സമുദ്രത്തിൽ നദികൾ ലയിച്ചാൽ സമുദ്രം ഗംഭീരമായിട്ട് ഇരിക്കണ പോലെ ഇരിക്കണമെന്ന് ഭഗവാൻ ഇനി പറയാൻ വേണം സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിൽ എത്ര നദികൾ പോയാലും സമുദ്രം ചലിക്കണില്ല എന്ത് വേനൽ വന്നാലും വറ്റണില്ല അതുപോലെ എന്തൊക്കെ നടന്നാലും അകമയ്ക്ക് ഒരു കർത്തൃത്വം ഇല്ലെങ്കിൽ ചലിക്കാതെ ഇരിക്കുന്നവനെ യുക്തൻ അങ്ങനെ യുക്തനായ ഒരാൾ ഇരുന്നാൽ അയാളിൽ ബുദ്ധി തെളിയും ബുദ്ധി എന്ന് വെച്ചാൽ സമാധി എന്നർത്ഥം ഇവിടെ ബുദ്ധിക്ക് സമാധി എന്നർത്ഥം നിർവികൽപ്പ സമാധി അതാണ് ആരുണരുവതുള്ളൊരു നിർവികാരൂപം എന്ന് പറഞ്ഞത് ഞാൻ അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് സദാ ചിന്തിച്ചാൽ നിർവികാരവുമായ നമ്മുടെ സ്വരൂപം നമുക്ക് തെളിയില്ല നമ്മളുടെ സ്വരൂപം നിർവികാരമാണ് പക്ഷേ തെളിയാതിരിക്കാൻ കാരണം ഇടയിൽ ഞാൻ ഞാൻ ഞാൻ വരണം അതാണ് മഹർഷിയോട് ദേവരാജമുദ്രയാർ ചോദിച്ചു ഭഗവാനെ മോക്ഷമടയണമാനാൽ അരുൾ വേണമേ ഭഗവാനെ എന്ന് പറഞ്ഞു മുക്തി നേടണമെങ്കിൽ ആ അരുൾ Maharshi വേണമല്ലോ അപ്പൊ മഹർഷി പറഞ്ഞു അരുൾതായി ഇരുക്കുപോയി നീർ കുറുക്കേ വരാമരുന്ന് പറഞ്ഞു ുള്ളത് കൃപയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതും ജീവിക്കുന്നതും ഒക്കെ തന്നെ കൃപയാണ് പക്ഷെ അത് ഞാൻ ചെയ്യണം ഇത് ചെയ്യണം എന്ന് കുറുക്കെ വരുമ്പോ ആ ഫ്ലോ തടസ്സപ്പെടുന്നു സദാ നമ്മൾ ജീവിക്കുന്നത് തന്നെ കൃപയാണ് നമ്മൾ ശ്വസിക്കുന്നത് തന്നെ കൃപയാണ് നടക്കുന്നത് കൃപയാണ് ഉറങ്ങുന്നത് കൃപയാണ് ഉറങ്ങാതിരിക്കണത് കൃപയാണ് ആരോഗ്യം കൃപയാണ് വ്യാധി പോലും കൃപയാണ് നമുക്കറിയില്ല ചിലപ്പോ വ്യാധി അനുഗ്രഹമായിട്ട് തരും ചിലർക്ക് വ്യാധി വന്ന് മരിക്കുന്നുണ്ടല്ലോ അതിൽ പല അനുഗ്രഹങ്ങളുണ്ട് എന്തൊക്കെ അനുഗ്രഹം എന്ന് വെച്ചാൽ ഒന്ന് ഈ മരിക്കുന്ന ആള് തന്നെ ഒരു സ്റ്റേജിൽ വിട്ടാൽ മതിയും തോന്നും അയാൾക്ക് അല്ലെങ്കിൽ മരിക്കാൻ പേടിയുള്ള ആള് വ്യാധി വരുമ്പോ പോയിക്കോട്ടെ എന്ന് തോന്നും അതൊരു ഭഗവാന്റെ വഴിയാണ് ഒന്ന് രണ്ട് നമുക്ക് വളരെ ഏറ്റവും വേദന ഉണ്ടാക്കുന്നത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവര് മരിക്കുന്നത് കാണുന്നതാണ് പലപ്പോഴും ബന്ധുക്കളെയൊക്കെ ഭഗവാൻ പ്രിപ്പയർ ചെയ്യുന്നത് വ്യാധി കൊടുത്തിട്ടാണ് ഈ ജീവൻ വ്യാധി വന്ന് കുറെ കടന്നു കഴിയുമ്പോ ആ മരണത്തിനെ ഇവർ പ്രതീക്ഷിക്കും ഇവരറിയാതെ പല കാരണങ്ങൾ കൊണ്ട് ഒന്ന് അവർ കഷ്ടപ്പെടുന്നത് കാണാൻ വയ്യ രണ്ട് അത് നമുക്കും മതിയായി അങ്ങനെ ആവുമ്പോൾ എന്താവും അവരുടെ ഡെത്ത് ഇറ്റ് വിൽ ബി ഗ്രേറ്റ് റിലീഫ് ബന്ധുക്കൾക്കും എന്നുവെച്ചാൽ അവര് വേദനിക്കുന്നതിന് പകരം ആ വേദന വന്ന് അവർക്ക് ആശ്വാസമായിട്ട് മാറും അപ്പൊ വ്യാധി എന്ന് പറയുന്ന പോലെ അനുഗ്രഹമാണ് ഒന്നും ഇവിടെ അനുഗ്രഹമല്ലാതെ വേറെ ഒന്നുമില്ല അനുഗ്രഹമല്ലാതെ യാതൊന്നും ഇവിടെ ഇല്ല ഏതും ഒരു തരത്തിൽ നോക്കുമ്പോൾ നമുക്ക് ശാപം പോലെ തോന്നും എത്രയുള്ളൂ വേറെ ഒരു തരത്തിൽ നോക്കിയാൽ അതിന് പുറകിൽ ഒരു അനുഗ്രഹം അതിനകത്ത് ഒളിഞ്ഞു കിടക്കണുണ്ടാവും അതുകൊണ്ട് ആ അനുഗ്രഹത്തിനെ ശാപമാക്കി തോന്നിക്കുന്നത് നമ്മളുടെ ഉള്ളിലുള്ള അഹങ്കാരമാണ് ആ അഹങ്കാരമില്ലെങ്കിൽ യുക്തന്മാരായിരിക്കും നമ്മൾ എല്ലാത്തിലും മോഡറേഷൻ ഉണ്ടാവും അധികപറ്റാവണത് അഹങ്കാരം കൊണ്ടാണ് മോഡറേഷൻ ഒരാൾക്ക് വരാൻ കാരണം അഹങ്കാരം ഇല്ലാത്തവൻ എല്ലാത്തിലും മോഡറേറ്റ് ആയിരിക്കും ഒന്നിലയാൾ അങ്ങിടും കാലുവെക്കില്ല ഇങ്ങടും കാലുവെക്കില്ല ആ മോഡറേഷൻ യുക്തൻ എന്ന് പേര് യുക്തനായ ആൾക്ക് ബുദ്ധി തെളിയുന്നു ബുദ്ധി തന്നെ സമാധി ആ ബുദ്ധി തെളിഞ്ഞ ആൾക്ക് ഭാവന എന്ന് ഭഗവാൻ പറയണത് ഭവതുഹു ഭവനാനുകൂല വ്യാപാര എന്ന് മീമാംസകന്മാരെ അർത്ഥം പറയും അതായത് ഇയാളുടെ സ്വരൂപം എന്താണോ അതിന്റെ ഒരു തെളിച്ചമകമെ കൊണ്ടായിത്തുടങ്ങും ആ തെളിച്ചം അടുത്ത പടിയായിട്ട് ശാന്തി എന്ന് വെച്ചാൽ ബ്രാഹ്മി സ്ഥിതിയെ ഇയാൾക്ക് കൊടുക്കും യാതൊരു മായാബന്ധങ്ങളിലും കുടുങ്ങാത്ത പൂർണ്ണ സ്ഥിതിയാണ് ബ്രാഹ്മിസ്ഥിതി അതിനെ ഇയാൾക്ക് കൊടുക്കും പക്ഷേ യുക്തനല്ലെങ്കിൽ എന്ന് വെച്ചാൽ അഹങ്കാരിയാണെങ്കിൽ മോഡറേഷൻ ഉണ്ടാവില്ല ഇയാൾക്ക് ജീവിതത്തിൽ ഒരു താളമില്ലെങ്കിൽ ഇയാൾക്ക് ഭാവന ഒതുക്കില്ല ഭാവന എന്ന് വെച്ചാൽ ഭക്തി അധികം അഥവാ ധ്യാനം അഥവാ സമാധിയുടെ മേൽപ്പടികൾ അത് ഉദിക്കില്ല ഭാവനയില്ലാത്ത ആൾക്ക് ബ്രാഹ്മീ സ്ഥിതി ഉണ്ടാവില്ല പൂർണ്ണ ശാന്തി ഉണ്ടാവില്ല ശാന്തിയില്ലാത്തവന് പിന്നെ ജീവിതം എന്തിനു കൊള്ളും അശാന്തസ്യ മനോഭാര ശാന്തിയില്ലെങ്കിൽ അയാൾക്ക് മനസ്സ് ഭാരം ശരീരം ഭാരം ജീവിതമേ ഭാരം അല്ലേ ഓരോരുത്തർ ഇരിക്കണെന്ന് കണ്ടിട്ടുണ്ടോ ചോര വരില്ല ഒന്നും കുറേ സമ്പാദിച്ചു കുറെ ജീവിച്ചു എല്ലാം കഴിഞ്ഞ് അവസാനം നോക്കുമ്പോൾ കഴുത ഭാരം പോലെ ആയി രട ഗർധഭാഹ എന്നാണ് വാശിഷ്ടം പറയണത് വയസ്സായ കഴുതകൾ എന്നുവെച്ചാൽ നീ ഭാരം ചുമക്കാനും വയ്യ അതൊരു കഴുതകൾ എന്ന് വിളിക്കാൻ കാരണം ഒരു കാരണമുണ്ടേ ഒരു ആള് നാല് കഴുതകളെ ഒരു വണ്ണാൻ മേച്ചുകൊണ്ട് പോയി അപ്പൊ ഒരിടത്ത് തിരിച്ചു അയാൾക്കൊരു പുഴയില് വെള്ളം കുടിക്കാനിറങ്ങണം കുളിക്കാനിറങ്ങണം അപ്പൊ ഈ നാല് കഴുതകൾ കെട്ടാനെടുത്തപ്പോ മൂന്ന് കഴുതകളെ കെട്ടാനുള്ള കയറേ ഉള്ളൂ നാലാമത്തെ കഴുതയെ കെട്ടാൻ കയറില്ല അപ്പോ അവിടെ ഒരു സ്വാമിയായിരിക്കണു അദ്ദേഹത്തിനോട് ചോദിച്ചു സ്വാമി ഈ കഴുതയെ കെട്ടാൻ ഒരു കയറ് വേണോ ഉണ്ടോ സ്വാമി പറഞ്ഞു ഇവിടെ കയറൊന്നുമില്ല ഞാൻ ഒരു വഴി പറഞ്ഞു തരാം കഴുതയല്ലേ അതുകൊണ്ട് മൂന്നെണ്ണത്തിനെ കെട്ടിയാൽ മതി നാലാമത്തേനെ കെട്ടണ മാതിരി ആക്ഷൻ കാണിച്ചാൽ മതിയെ നിന്നുള്ളതെന്ന് തോന്നുന്നു അപ്പൊ ഇയാൾ അതേപോലെ മൂന്നെണ്ണത്തിനെ കെട്ടിയിട്ട് നാലാമത്തേനെ കെട്ടിയ മാതിരി ആക്ഷൻ കാണിച്ചു ഇയാൾ കുളിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു എന്നിട്ട് മൂന്നാമത്തെ മൂന്നെണ്ണത്തിനെ അഴിച്ചു ആട്ടി അത് പോയി നാലാമത്തേനെ എന്തടിച്ചാലും അത് ചലിക്കണമില്ല സ്വാമിയോട് ചോദിച്ചു സ്വാമി എന്റെ കഴുതയ്ക്ക് എന്തു പറ്റി നീ കെട്ടഴിച്ചിട്ടില്ലല്ലോ അതിന് ഞാൻ കെട്ടിയിട്ടില്ലല്ലോ അത് കഴുതയ്ക്ക് അറിയില്ല കെട്ടിയിരിക്കണം അഴിക്കണ മാതിരി കാണിക്കോ അത് പോകും അതേപോലെ അഴിക്കണ പോലെ കാണിച്ചപ്പോഴേ അത് ചലിച്ചുള്ളൂ ഇതാണ് നമ്മളുടെയും സ്വഭാവം നമ്മളെ ആരും കെട്ടിയിട്ടില്ല പക്ഷെ പ്രബലമായ ഒരു വിശ്വാസം അപ്പോ ഒരു സദ്ഗുരു അഴിക്കണ പോലെയൊക്കെ കാണിക്കേണ്ടിയിരിക്കുന്നു എന്തൊക്കെയോ ആ വിസർജനങ്ങളൊക്കെ ചെയ്യേണ്ടിയിരിക്കുന്നു അതാണ് ജരടഗർധബാഹ എന്ന് വാശിഷ്ടം വിളിച്ചത് വയസ്സായ കഴുത എന്നാണ് ഭാരം ചുമക്കാൻ പോലും പറ്റാത്ത കഴുത എന്ന് വെച്ചാൽ ബുദ്ധി എത്ര കണ്ട് സ്ഥൂലം ആയിട്ട് പോകുന്നു അതുകൊണ്ടാണ് അശാന്തസ്യ കുതസ്സുഖം ശാന്തി ഇല്ലാത്തവന് ജീവിതം എന്തിനു കൊള്ളും ഭാരം വഹിച്ചുകൊണ്ട് പോകൽ മാത്രം ബാക്കിയാകും ഭാരവാഹനായിട്ട് തീരും അങ്ങനെയൊരവസ്ഥ വരാതിരിക്കാം ഈ ജ്ഞാനത്തിൽ അല്പം ശ്രദ്ധിക്കണം എന്നാണ് അതാണ് നമുക്ക് നാളെ വീണ്ടും തുടർന്ന് കാണാം ഫാലാവനം കിരീടം ഫാലനേത്രാക്ഷിഷാദഗ്ധപഞ്ചേശു കീട്ടം ശൂലാഹതാരാതികൂട്ടം ശുദ്ധവക്രേന്ദുചൂടം ഭജേ മാർഗബന്ധു ശംഭോ മഹാദേവദേവ ശിവംഭോ മഹാദേവ ശംഭോ മഹാദേവദേവ അംഗേ വിരാജുജംഗാതരംഗാഭിരാമോത്തമാകാരടീകുറംഗം സിദ്ധസംസേവിതം ഭജേ മാർഗന്ധ ശംഭോ മഹാദേവദ ശിവ ശംഭോ മഹാദേവേശംഭോ ശംഭോ മഹാദേവദ നിിദ നിഹതാശേഷോകേശ വൈരി പ്രതാ കാ കത്തസ്വരാഗേന്ദ്രചാസം ഭജേ ദിവസന്മാർ ബന്ധു ശംഭോ മഹാദേവ മഹാദേവേശംഭോ ശംഭോ മഹാദേവ കർപ്പർപ്പനീശം കാളകന് മഹേശം മഹാവ്യോമകേശം കുന്ദന്ത കോട്ടിസൂര്യ പ്രകാശ ഭജേ മാർഗ്രന്ധു ശംഭോ മഹാദേവേവംഭോ മഹാദേവേശംഭോ ശംഭോ മഹാദേവദേവ മദാരൂതേരുദാരം മന്ദാഗേന്ദ്രസാരം മഹാഗൗര്യൂരം സിന്ധൂരൂര പ്രചാരം സിന്ധുരാജാതിധീരം ഭജേ മാർഗന്ധു ശിവ ശംഭോ മഹാദേവേശംഭോ ശംഭോ Sarve Santu സന്തുരാമയാ सर्वे സേ ഭദ്രാ പശ്യൂ മാ കിഖഭ് ഭവുയോ മവസിമ തോന്നും മമ കിഞ്ചിസ്തിയേഷ്ടം കുരുമാത്മനം രമണ ഭരനമ പാർവതീപതേ